For you, for you, for you, for you. ത്രിവിശത്ത് മന്ത്രവഞ്ചേസോദി അസ്മന്ദോതം മനോമയം വിജ്ഞാനമ േതം ആനന്ദമയും ആത്മാനുസാമതീമാതുവരെയുള്ള വിചാരം അതിന്റെ ഫലത്തെ ഉപസംഹരിക്കുന്നു ഇവിടെ പ്രത്യേകിച്ചും പഞ്ചകോ യോഗ്യം സൃഷ്ടം സ്ഥിതി ചെയ്തുകൊണ്ട് ആകാശവാദി കാര്യം ആകാശം തുടങ്ങിയ കാര്യങ്ങളെ സൃഷ്ടിച്ചു പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ് നാരായണോ സൃഷ്ടിച്ചു അനുപ്രവേശിച്ചത് സ പരമാത്മാവിനൂടെ പറയുന്നു സോ അസോ പുരുഷ JINfa ominous Ferrari ußenruprah and quartzition Dartmouth ന്ന൉തത്െൾ ട്ഠേെ്റ്സൃ misfortune തേ്ഴ fr choices we that are ന്ന്ന് ഃക അടേേ ന്ഷ്ള�ven�덣yu grasp acho adscy e ന്യവൾ on the what are you that are made of them or the നിർദ്ദിഷ്ടം ആ പരമാനന്ദത്തിന്റെ ഒരു അംശമാണ് ബ്രഹ്മാദീനി ഭൂതാനി ്രഹ്മാവ് തുടങ്ങിയ ജീവന്മാർഹാണി ഇവരെല്ലാം സുഖത്തിനർഹരാണ് അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ബ്രഹ്മാദികൾ സുഖത്തിന് അർഹരായതുകൊണ്ട് അവരെല്ലാം ആ പരമാനന്ദത്തിന്റെ ഒരു അംശത്തെ ഉപജീവന്തി ആശ്രയിക്കുന്നു അനുഭവിക്കുന്നു പുരുഷൻ വേശ്വാസവാദിച്ച് നിർദ്ദേശിച്ചത് ആ പുരുഷനെ ഇവിടെ പറയുന്നു ആ പരമാനന്ദരൂപനായ പുരുഷനെയാണ് ഇവിടെ അസോ ആദിത്യേ എന്നിങ്ങനെ പറയുന്നത് സയേകോട് പറയുന്നു ഇവിടെ ഏതൊരു കോ അസോയം പുരുഷ ആരാണിവിടെ ഈ പുരുഷന് ഈ ജീവനിൽ ആരാണ് സ്ത്രീ അവൻ തന്നെയാണ് ആദിത്യനെ സ്ത്രീ ചെയ്യുന്നത് പുരുഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്ന ഈ ജീവൻ ഈ ജീവനിൽ ഏതൊരു പരമാനന്ദ സ്വരൂപമാണോ ഉള്ളത് അതുതന്നെയാണ് ആദിത്യേനുള്ളത് ഈ ഓരോ വൃഷ്ടിരൂപത്തിലും എന്താണോ സ്ഥിതി ചെയ്യുന്നത് അതുതന്നെയാണ് ഈ സമഷ്ടിയിൽ സ്ഥിതി ചെയ്യുന്നത് സ ഏകഹ അതൊന്നാണ് അദ്വൈതമാണ് സ ഏകഹ ഭിന്നാശ ഏകത്വ രണ്ട് പ്രദേശത്തിലിരിക്കുന്ന പാത്രത്തിനുള്ള ആകാശം ഒന്നാകുന്നത് പോലെ പാത്രം രണ്ടാണെങ്കിലും ആകാശവും അതുപോലെ ഈ പുരുഷനിൽ ഇരിക്കുന്ന ആ പരമാത്മ സ്വരൂപം തന്നെയാണ് ആദിത്യമണ്ഡലത്തിലും സ്ഥിതി ചെയ്യുന്നത് െന്തുകൊണ്ട് പറഞ്ഞു ഈ പുരുഷനിൽ സാധനശ്രുതി എന്ന് പറയുന്നു ദക്ഷിണ അക്ഷയിൽ ഒരു പുരുഷനുണ്ട് ആ പുരുഷനാണ് ആദിത്യ മണ്ഡലത്തിൽ എന്നെല്ലാം ആണ് പറയുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവിടെ പറഞ്ഞത് ഈ പുരുഷനില്ലെന്ന് പറഞ്ഞു അവിശേഷത അധ്യാത്മൻ ഈ പ്രത്യേകിച്ച് ഒരു നിർദ്ദേശിക്കാതെ ഈ അധ്യാത്മ പുരുഷനെ ഈ ശരീര സംബന്ധിയായിരിക്കുന്ന പുരുഷനെ പറഞ്ഞിട്ട് പറഞ്ഞു അതാണ് ആദിത്യ പുരുഷൻ യുക്തോ നിർദേശോ ഇതെന്തുകൊണ്ട് ഇങ്ങനെ കൂടെ പറഞ്ഞു മറിച്ച് ദക്ഷിണാക്ഷിയിലുള്ള ആ പുരുഷൻ ജീവനെ മുഴുവനായി എടുക്കാതെ ഇതിന് ആണല്ലോ പ്രസിദ്ധത്വ ശ്രുതിയിൽ അത് പ്രസിദ്ധമാണ് അതല്ല പരാധികാര ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ജീവനെ കുറിച്ച് മാത്രമല്ല കേവലനായ ജീവനെ കുറിച്ചല്ല മറിച്ച് ആ പരമാത്മാവിനെ കുറിച്ചാണ് അധികൃത പരമാത്മാവാണോ ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്യുന്നത് അതിനെ കുറിച്ചാണ് എങ്ങനെ അദൃശി അനാത്മി ഭീഷാസ്മാത്മാവതി സൈഷാനന്ദ സിമീമാംസ അന്തരശി അനാദ്മി മുമ്പ് വന്നു ഭീഷാസ്മാവതി അതിനെ ഭയന്നിട്ടാണ് വായു വീശുന്നത് ശേഷാനന്ദ ഇതാണ് ആനന്ദത്തിന്റെ തന്നെല്ലാം പരമാത്മാവിനെ കുറിച്ചാണ് കൂടെ പറയുന്നത് ഹി അകസ്മാകൃതോ യുക്തോ നിർദ്ദേശം പരമാത്മവിജ്ഞാന അതുകൊണ്ടിവിടെ ആ പരമാത്മവിജ്ഞാനമാണ് സ്ഥിതി ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പറയുന്നു എന്താണ് ഈ അധ്യാത്മപുരുഷൻ ഇവിടെ ഈ ജീവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പുരുഷൻ അത് ആ പരമാത്മാവ് തന്നെയാണ് പരമാത്മവിജ്ഞാനം ച വിവക്ഷിതമാണ് തസ്മാത് പര ഇവ നിർദ്ദേശിച്ചേ അതുകൊണ്ടിവിടെ ആ പരമാത്മാവിനെ നിർദ്ദേശിക്കുന്നു ഇങ്ങനെ അവൻ ഏകനാണ് നന്നു ആനന്ദസ്യമീമാംസാ പ്രകൃത തസ്യവിഫലം ഉപസംഹൃത്ത ആനന്ദത്തെക്കുറിച്ച് വിചാരണം നടത്തിയല്ലോ അതിൻ്റെ ഫലവും പറയേണ്ടതാണ് എങ്ങനെ പറയണം അഭിന്ന സ്വാഭാവിക ആനന്ദ പരമാത്മാവയ വിഷയ സംബന്ധ ജനത ആനന്ദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അഭിന്നമാണ് എനിക്ക പരമാത്മാവിന്റെ ആനന്ദം ജീവാത്മാവിന്റെ ആനന്ദം അങ്ങനെയല്ല അത് അഭിന്നമാണ് പരമാത്മാവിനോട് അഭിന്നമാണ് ജീവാത്മാവിനോട് അഭിന്നമാണ് അത് രണ്ടും അഭിന്നമാണ് സ്വാഭാവിക അതതിൻ്റെ സ്വരൂപം തന്നെയാണ് ആനന്ദം സ്വരൂപമാണ് മറിച്ച് എന്താണത് പരമാത്മാവ ആനന്ദം അത് പരമാത്മാവ് തന്നെയാണ് അല്ലാതെ പരമാത്മാവിന്റെ ആനന്ദമൊന്നല്ല സ്വയം ഗന്ധർവന്റെ ആനന്ദം ബ്രഹ്മാവിന്റെ ആനന്ദം ദേവന്റെ ആനന്ദം എന്ന് പറയുന്നതുപോലെ അവരെയൊക്കെ സംബന്ധിച്ച് എന്താണ് അവരുടെ ആനന്ദമാണ് ഇവിടെ പരമാത്മാവിനെ സംബന്ധിച്ച് പരമാത്മാവിന്റെ ആനന്ദം എന്ന് പറയാൻ വേണ്ടി അത് പരമാത്മാവ് തന്നെയാണ് പരമാത്മാവിന് വന്ന വിഷയവിഷയി സംബന്ധ ജനിത എന്താണ് വിഷയവിഷയി സംബന്ധ ജനിതമല്ല എങ്ങനെയാണ് ്രഹ്മാവും മറ്റും അനുഭവിക്കുന്ന ആനന്ദം വിഷയ വിഷയി ജനിതമാണ് വിഷയ സംബന്ധം കൊണ്ടുണ്ടാകുന്നു അതുപോലല്ല ഇത്തരത്തിലുള്ള ആനന്ദത്തെ നിർവചിക്കേണ്ടതാണല്ലോ എന്ന നിർദ്ദേശം ഭിന്ന അതികരണസ്ഥ പറയുന്നു പരമാത്മ തത്വത്തിന് അനുരൂപമായി തന്നെയാണ് ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത് എങ്ങനെ സഹായം പുരുഷ ഈ ആദിത്യനും ഈ പുരുഷനും ഒരേ ചൈതന്യം തന്നെയാണ് ഭിന്നാധികശേഷ ഉപമർദ്ദേന ഭിന്ന അധികരണങ്ങളിലുള്ള വിശേഷങ്ങളെയെല്ലാം നിരാകരിച്ചുകൊണ്ട് തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ അതാണല്ലിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ആദിത്യ വിശേഷ ഗ്രഹങ്ങൾ എടുത്തതാണ് വീണ്ടും പൊറൂഷ് പറയുന്നു അങ്ങനെയാണെങ്കിലും ആദിത്യനെന്ന് വിശേഷിച്ച് പറഞ്ഞതിന്റെ ആവശ്യം അത് ആവശ്യമില്ലാത്തതാണ് ഇന്ന് അനർഥം സിദ്ധാന്തി പറയുന്നത് അനർഥകമല്ല ഉത്കർഷ അപകർഷ അപോഹാർദ്ധത്വ അതായത് ഇവിടെ ഇത്രയും സത്യം ഞാൻ ആനന്ദം എന്ന് പറഞ്ഞു അത് ആനന്ദമാണെന്ന് പറഞ്ഞു എന്നെല്ലാം പറഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെ ആദിത്യനെ കുറിച്ച് എന്തിനു പറയണം അല്ല പിന്നെ കുറിച്ച് പറയുന്നത് വീണ്ടും അത് അനർഥകമാണല്ലോ അതിന് ശേഷം പിന്നീട് ഇത് പറയും ഉത്കർഷം അപകർഷം അതിനെ നിഷേധിക്കാൻ വേണ്ടിട്ട് അങ്ങനെ തന്നെ അനുഭവപ്പെടുന്നുണ്ട് തത്വം സമമാണ് അതിൽ ഉത്കർഷവും അപകർഷവും ഒന്നുമില്ലെങ്കിലും അതങ്ങനെ അനുഭവപ്പെടുന്നത് ദ്വൈതസഹി മൂർത്ത മൂർത്തലക്ഷണസ്യ പരഉത്കർഷ സവിതൃ അഭ്യന്തര സചേത്രിശതവിശേഷമർന പരമാനന്ദപേക്ഷതി നിദുർ അപകർഷോ ഗതി അഭയം പ്രതിഷാം വിന്ദതേപന്ന പരമാത്മപ്രാപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉത്കൃഷ്ടമായ അവസ്ഥയെ പ്രാപിക്കുക ഒരു ഉത്കർഷതയെ പ്രാപിക്കുക ദിവ്യമായ എന്തോ ഒന്നായിത്തീരുക അങ്ങനെയൊന്നുമല്ല പറയുന്നു ദ്വൈതസഹി മൂർത്താമൂർത്ത ലക്ഷണ പര ഉത്കർഷ ഈ കാണുന്ന മൂർത്താമൂർത്ത ഈ ദ്വൈതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന എന്താണോ ആദിത്യമണ്ഡലം സവിത്ര അഭ്യന്തരഗത പരമാത്മതത്വം ഈ ദ്വൈതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആദിത്യമണ്ഡലം ആ ആദിത്യമണ്ഡലത്തിൽ ആ പരമാത്മതത്വം സജേത് പുരുഷഗത വിശേഷ കുമർദ്ധേന പരമാനന്ദം അപേക്ഷ സമൂഹ ഭൗതി അത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് ഉത്കൃഷ്ടമാണ് ശ്രേഷ്ഠമാണ് കാരണം ഭൗതികമായ ദൃഷ്ടി എന്നാൽ പുരുഷഗത വിശേഷ പൂമർ തന്ന അവിടുത്തെ വിശേഷങ്ങളെല്ലാം നിഷേധിക്കുക എന്താണോ ആ ആ പരമാത്മാവിന്റെ ഉപാധി വളരെ ശ്രേഷ്ഠമാണ് പഞ്ചഭൂതാത്മകമായ ഈ ഉപാധികളെല്ലാം അപേക്ഷിച്ച് അഗ്നിവായു ആദി ഭൂതങ്ങളെല്ലാം അപേക്ഷിച്ച് ആ സവിതൃ മണ്ഡലം പരമാത്മാവിന്റെ ഉപാധിയാണ് അതുകൊണ്ട് അത് വളരെ ദ്വീയമാണ് ശ്രേഷ്ഠമാണ് അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആ പരമാത്മാവിനും ഒരു ശ്രേഷ്ഠതയുണ്ട് ഏതിനപേക്ഷിച്ച് ഈ ശരീരത്തിലിരിക്കുന്ന ആത്മാതത്വത്തെ പരമാനന്ദ സ്വരൂപത്തെ അപേക്ഷിച്ച് അതിനെന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ട് എന്നുള്ള അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി അതെന്താണ് ആ പരമാനന്ദത്തെ അപേക്ഷിച്ചു അത് ഈ ജീവശരീരത്തിലായാലും ഏറ്റവും ദിവ്യമായ ഈശ്വര ഉപാധിയിലായാലും ആ പരമാനന്ദത്തെ അപേക്ഷിച്ച് സമോഭവ ഒരു വ്യത്യാസം അത് സമമാണ് നഷവും അപകർഷവും താങ് ഗതിം ഗത അതുകൊണ്ട് അതിനെ പ്രാപിച്ചവൻ പരമാനന്ദത്തെ പ്രാപിച്ചവൻ അവന് കശതുകർഷവും എന്തെങ്കിലും തരത്തിലുള്ള ഉത്കർഷമോ അപകർഷവും ഏതെങ്കിലും തരത്തിലുള്ള അപകർഷമോ രണ്ടും താങ്ക എന്തുകൊണ്ട് ഉത്കർഷ അപകർഷ ശൂന്യമായോ പരമാവരൂപമാണ് ഉത്കർഷം അപകർഷമല്ല ഇവിടെ ഈ പ്രപഞ്ച ബാഹ്യമായി ഭൗതികമായ ലോകത്തിലാണ് ഉയർച്ചയും താഴ്ചയും ശ്രേഷ്ഠത ദിവ്യത്വവും മഹത്വം എല്ലാം ഈ ഭൗതിക ദൃഷ്ടിയിലാണ് പരമാനമനെ കുറിച്ച് എന്ത് പറയുന്നു അത് ഏകരസം ഏക സ്വഭാവം ആനന്ദസ്വരൂപം അത് സ്വയം എല്ലാമാണ് അതിൽ മറ്റൊന്നും ആരോപിക്കാൻ സാധിക്കുന്നു അത് ദിവ്യമാണ് അലൗകികമാണ് ശ്രേഷ്ഠമാണ് മഹത്താണ് പക്ഷെ അതൊന്നും അതിലില്ല മറിച്ചെന്താണ് അതിന്റെ അതിൻ്റെ എല്ലാം സ്വരൂപം തന്നെയാണ് അതുകൊണ്ട് അതിൽ ആരോപിതമായി ഉത്കർഷാപകർഷങ്ങൾ തന്നെ എങ്ങനെയാണോ ഈ ലോകത്തിൽ അതെല്ലാം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ താം ഗതിസ്യ ആ പ്രാപിച്ചവൻ പരമാത്മ തത്വത്തെ പ്രാപിച്ചവൻ അവനും പ്രത്യേകിച്ച് ഉത്കൃഷ്ടതയൊന്നുമില്ല ശ്രേഷ്ഠത്വം ഇല്ല മഹത്വമില്ല എന്ന് പറഞ്ഞാൽ ആ പരമാത്മതിച്ചവൻ ആ പരമാത്മതപ്രാപ്തി എന്താണ് ആ പരമാത്മതത്വത്തെ സംബന്ധിച്ച ഞാൻ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച അവനെ സംബന്ധിച്ചിടത്തോളം തന്നിൽ നിർവിശേഷതയാണ് വിശേഷമൊന്നും കാണുന്നില്ല താൻ ശ്രേഷ്ഠനാണെന്നോ ഊജ്ജനാണെന്നോ മഹാനാണെന്നോ അത്തരത്തിലുള്ള ഒരു ഭാവങ്ങളിൽ കേവലം പരമാനന്ദ സ്വരൂപനാണോ അതെല്ലാം വന്നു കഴിഞ്ഞാൽ എന്തോരും അവിടെ അഭയം പ്രതിഷ്ഠ അഭയം വരത്തില്ല അങ്ങനെ എന്തെങ്കിലും തന്നാരോപിച്ച അതിന്റെ പ്രാപ്തിക്ക് അതിൻ്റെ നാശത്ത് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഭയം വരും അഭയം അപ്പോൾ അതാണ് താം ഗതിസ്യം ആ ഗതിയെ പ്രാപിച്ചവൻ എന്നുവെച്ചാൽ ആ ഗതിയെ പ്രാപിച്ചവൻ വീണ്ടും ഈ ലോകത്തിന്റെ ഉത്കർഷാപകർഷങ്ങളോട് താതാമ്യപ്പെടുന്നില്ല എന്നാ അങ്ങനെ താതാമ്യപ്പെടാൻ വഴിയില്ല അങ്ങനെ താതാമ്യപ്പെടുത്തുന്നത് എന്താണോ അജ്ഞാനമാണ് അല്ലെങ്കിൽ സംശയമാണ് അതിന്റെ ആവശ്യം വരുന്നില്ല എന്നാൽ സ്വയം അങ്ങനെ കരുതുന്നില്ല എന്നാൽ എവിടെയല്ല താൻ ആധ്യാത്മികത ഉള്ളവനാണ് ഇതില ആധ്യാത്മിക മഹത്വങ്ങളുണ്ട് കണ്ഡിവ്യനാണ് ശ്രേഷ്ഠനാണ് മറ്റുള്ളവരിൽ നിന്നെല്ലാം തനിക്ക് പ്രത്യേകതകളുള്ളവനാണ് ഇങ്ങനെയെല്ലാം കരുതുന്നത് അച്ഛന്മാരാണ് അങ്ങനെ എന്തെങ്കിലും കരുതണമെങ്കിൽ എന്ത് വേണം എല്ലാം തന്നിൽ വ്യർത്ഥമായി ആരോപിക്കേണ്ടി വരും തന്നെ ദിവ്യത്വത്തെയും മഹത്വത്തെയും ആരോപിക്കേണ്ടി വരും അങ്ങനെയുള്ള എന്താണ് വിശേഷ ഉപമർദ്ദേന സർവവിധത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നും മുക്തനായ അജ്ഞാനവും അതിനെ തുടർന്ന് വരുന്ന സംശയവും ഈ എല്ലാ ആരോപണങ്ങളും വരുന്നത് ദിവ്യത്വാരോപണം മറ്റും അതല്ല അത് എന്താണ് പരമാത്മ സ്വരൂപമാണ് താം ഗതി ഗത യഥാർത്ഥ ഗതിയെ പ്രാപിച്ചവന് അവൻ അഭയ സ്വരൂപനാണ് അവന് ഭയകാരണമായി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല കുത്തിപ്പഫലം അതുകൊണ്ട് എന്താണ് ഈശ്വരൻ്റെ ഉപാധിയെ ദിവ്യമായി എടുത്ത് കാണിക്കുന്നു ഈശ്വരൻ ഈ പറയുന്നുണ്ട് ഉപാധി ദിവ്യം തന്നെയാണ് ഒരു ഈശ്വരീയമസക്തി എന്നെല്ലാം പറയുന്ന ഉപാധികൾ ദിവ്യമാണ് പക്ഷെ ആ തത്വത്തിൽ വിശേഷത ജീവന്റെ ഉപാധി അത് മലിനമാണ് അത് ശരിയാണ് ഈശ്വരന്റെ ഉപാധി ദിവ്യമാണ് അതിനെല്ലാം നിഷേധിക്കുന്നു പക്ഷേ രണ്ട് സ്ഥലത്ത് ഇരിക്കുന്ന ആ തത്വത്തിന് ഭേദമില്ലാത്ത സമമാണ് അതുകൊണ്ട് ആ തത്വത്തെ സാക്ഷാത്കരിച്ചവന് അവനിലും ഒരു തരത്തിലുള്ള ഉത്കർഷ അപകർഷതകളും ഇല്ല എന്നും ജീവന്മാരിൽ അത് വരും സാധാരണ ജീവന്മാര് ഒരുവൻ തന്നെ കുറിച്ച് അപകർഷമായി ചിന്തിക്കും തനജ്ഞനാണ് ബന്ധനസ്ഥനാണ് ദോഷം കൊണ്ടുള്ളവനാണ് മറിച്ച് അതേ ജീവന്മാരെയെന്ന് ചിലപ്പോൾ ചിന്തിക്കും താൻ ജ്ഞാനിയാണ് താൻ മുക്തനാണ് ദിവ്യനാണ് പൂജ്യനാണ് ഉത്കർഷാപകർഷങ്ങൾ ഇതെല്ലാം പരമാർത്ഥത്തെ പ്രാപിച്ചവനിൽ ഇതൊന്നുമില്ല അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അത് ചർച്ച ചെയ്തത് ഇനി ഇതുവരെയുള്ള കാര്യത്തിന്റെ നേരത്തെ പറഞ്ഞുകൊണ്ട് അസ്ഥിം നാസ്തി എന്ന ചോദ്യത്തിൽ നിന്നാണ് ഇതുവരെ എത്തിച്ചേരുന്ന അസ്ഥിം നാസ്തിയുപ്രശ്നവും വ്യാഖ്യാത ഇതുവരെയുള്ള ഭാഗങ്ങളെ കൊണ്ടത് വ്യാഖ്യാനിച്ചു കഴിഞ്ഞു കാര്യ അഭയ പ്രതിഷ്ഠ അഭയദർശന ഉപത്തിഭ്യോ അസ്ഥൈവത ആകാശാദി കാരണം ബ്രഹ്മേജി അപാകൃതോ അനുപ്രശ്നങ്ങൾ ബ്രഹ്മമുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെ എന്നുള്ള ചോദ്യത്തെ നിഷേധിക്കുന്നതിന് വേണ്ടി ഇതാണ് കാര്യരസലാഭം നേരത്തെ പറഞ്ഞു ആനന്ദപ്രാപ്തി പ്രാണന വ്യാപാര ശരീരത്തിന് അഭയപ്രതിഷ്ഠ അഭയദർശനം അഭയ സാക്ഷാത്കാരം തുടങ്ങിയ യുക്തികളിലൂടെ സമർത്ഥിച്ചു എന്താണോ അസ്തീവത ആകാശവാദി കാരണം മുമ്പ് പറഞ്ഞതിന് ഇവിടെ പ്രസംഗിക്കുകയാണ് ആകാശവാദികൾക്ക് കാരണമായ ഒരു ബ്രഹ്മം ഉണ്ടെന്നുള്ളത് അവിടെ സമർത്ഥിച്ചു ഒരു ചോദ്യത്തിന് സമാധാനമായി ദൌവന്യോ അനുപ്രശ്നോ വിദ്യു അവിദ്വഷദോഹോ ബ്രഹ്മപ്രാപ്തി അപ്രാപ്തി വിഷയം പിന്നെ ചോദിച്ചു ബ്രഹ്മം വേഗമായിരിക്കുമ്പോൾ എന്താണ് ബ്രഹ്മപ്രാപ്തി വിദ്വാനും അവിദ്വാനും ഇതിനെ പ്രാപിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അവിടെ വിദ്വാൻ സമശ്വനിധി ത്യാനുപ്രശ്നോ അന്ത്യ വിദ്വാൻ പ്രാപിക്കുന്നോ പ്രാപിക്കുന്നില്ലേ എന്നൊരു ചോദ്യമാണ് തപാകരണായ ഉച്ച അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടി ഇവിടെ പറഞ്ഞു വിദ്വാന്റെ പരമാത്മപ്രാപ്തിയെ കുറിച്ച് പറഞ്ഞു അവിദ്വാൻ ആരാണെന്ന് പറഞ്ഞു അവിദ്വാൻ എന്തുകൊണ്ട് വിദ്വാൻ പരമാത്മാവിനെ പ്രാപിക്കുന്നു എന്ന അവിദ്വാനെ സംബന്ധിച്ച് പറയാൻ കഴിയില്ലേ എന്തുകൊണ്ട് വിദ്വാനിലും അവിദ്വാനിലും പരമാത്മാവ് ഒരുപോലെയാണെങ്കിലും അവിദ്വാനൻ ആ പരമാത്മാവിനെ സംബന്ധിച്ച് അജ്ഞാന സംശയങ്ങൾ നിലനിൽക്കുന്നു അതുകൊണ്ട് അവിദ്വാനെ സംബന്ധിച്ച് പരമാത്മപ്രാപ്തി എന്ന് പറയാൻ കഴിയില്ല വിദ്വാനാണെങ്കിലോ അജ്ഞാന സംശയങ്ങൾ നശിച്ചിരിക്കുന്നു അതുകൊണ്ട് വിദ്വാൻ പരമാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു മറിച്ച് ഒരാൾ പരമാത്മാവിനെ പ്രാപിക്കുന്നു വേറൊരാൾ പോയി പ്രാപിക്കുന്നില്ല എന്ന് പ്രാപണക്രിയയുടെ അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് അതുകൊണ്ട് വിദ്വാനും അവിദ്വാനും ഇവിടെ ഉണ്ട് വിദ്വാനിലും ഒരേ ആത്മാവ് സമമായി ആനന്ദരൂപത്തിൽ ഏകരൂപത്തിലിരിക്കുന്നുണ്ടെങ്കിലും അജ്ഞാന സംശയങ്ങളുടെ നാശവും നാശമില്ലായ്മ ഇതാണ് വിദ്വാനയും അവിദ്വാനയും വേർതിരിക്കുന്നത് മധ്യമാന പ്രശ്ന അപാകരണ ദൈവ അപാകൃതീതി അതിൽ മധ്യത്തിൽ വന്ന ചോദ്യം അവസാനത്തെ ചോദ്യത്തിന് സമാധാനം പറഞ്ഞതോടുകൂടി സമാധാനമായി കഴിഞ്ഞു തത് അപാകരണ അതുകൊണ്ട് അതിന്റെ സംശയത്തിനുവേണ്ടി പ്രത്യേകം പറയേണ്ട കാര്യമില്ല മുഖ്യമായ സംശയ ബ്രഹ്മം ഏകരൂപമായിരിക്കെ വിദ്വാൻ അവിദ്വാൻ എന്നുള്ള ഭേദം എങ്ങനെ വരും അത് അങ്ങനെ പറയാൻ കാരണം എന്താണ് ബ്രഹ്മത്തിന് പ്രാപിക്കാൻ കഴിയില്ല എന്ന് പറയും ബ്രഹ്മത്തെ വിഷയമാക്കി ഗ്രഹിക്കാൻ കഴിയത്തില്ല വിദ്വാനും ബ്രഹ്മത്തെ വിഷയമായി ഗ്രഹിക്കുന്നില്ല മുമ്പ് പറഞ്ഞതാണ് ഓർക്കാൻ വേണ്ടി പറയുന്നു എന്തുകൊണ്ട് ബ്രഹ്മം ജ്ഞാനത്തിന് വിഷയമല്ല അതുകൊണ്ട് വിദ്വാനും സ്വന്തം ജ്ഞാനത്തിലൂടെ ബ്രഹ്മത്തെ ഗ്രഹിക്കാൻ കഴിയില്ല ജ്ഞാനത്തിന് അവിഷയമായതുകൊണ്ട് സ്വന്തം മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല അവിദ്വാനും അങ്ങനെ തന്നെ ബ്രഹ്മത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം വിദ്വാനെന്നും അവിദ്വാനെന്നും പറയുന്നതിന് വ്യത്യാസമൊന്നുമില്ല വിദ്വാൻ എന്നുവെച്ചാൽ അതിന്റെ അർത്ഥം അറിയുന്നവനെന്നാണ് ബ്രഹ്മം അറിവിനു വിഷയമല്ലെങ്കിൽ പിന്നെ അറിയുന്നവൻ വിദ്വൻ അറിയാത്തവൻ ഈ ഭേദമെങ്ങനെ വരും അതിന് ആണ് ഇവിടെ സമാനം പറഞ്ഞു സിദ്സൃജ്യപകർഷം അദ്വൈതം സത്യം ജ്ഞാനം അനന്തം അസ്മിത്യവേത്തി ആരാണോ ഇപ്രകാരം അറിയുന്നത് എങ്ങനെ സയ കസ്യദേവം യഥോക്തം ഈ പറഞ്ഞതായ ബ്രഹ്മ ഈ ബ്രഹ്മത്തെ അറിയുന്നിങ്ങനെ ഉത്സൃജ്യ ഉത്കർഷ അപകർഷം ഈ ഉത്കർഷ അപകർഷതകളെല്ലാം നിരാകരിച്ചിട്ട് ഈ ഭേദത്തെ എല്ലാം നിരാകരിച്ചിട്ട് എന്ന് ഉത്കൃഷ്ടമായ ഈശ്വരഭാവം അതിന് നിരാകരിച്ചിട്ട് അപകൃഷ്ടമായ ജീവഭാവം അതിനെ നിരാകരിച്ചിട്ട് ആ തത്വത്തെ അഗ്രഹിക്കുന്നവന് ഉത്സൃജ്യ ഉത്കർഷാപകർഷം അദ്വൈതം അതേകമാണ് സത്യമാണ് ജ്ഞാനമാണ് അനന്തം അസ്മി അതാണ് താൻ എന്നറിയുന്നു താൻ ജീവനുമല്ല പരനുമല്ല മനസ്സ പരമാണു എന്ന് അറിയുന്നവൻ ഇത് തത്വജ്ഞന്റെ നിലയെക്കുറിച്ച് പറഞ്ഞു ഏവം ശബ്ദ പരാമർശം ഇതുവരെ ചർച്ച ചെയ്ത തത്വത്തെ പരാമർശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏവം വിത്ത് ഇതുവരെ പറഞ്ഞതുപോലെ അറിയുന്നു എന്നർത്ഥം അല്ലാതെ വീണ്ടും ബ്രഹ്മത്തെ അറിയുന്നവനെന്ന് പറഞ്ഞാൽ സംശയം എങ്ങനെ അറിയാൻ പറ്റും അതറിയുമോ അതുകൊണ്ടാണ് ഏവ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുവരെ എങ്ങനെയാണോ ബ്രഹ്മത്തെ വ്യാഖ്യാനിച്ചത് ബ്രഹ്മജ്ഞാനത്വത്തെ വ്യാഖ്യാനിച്ചത് പരമാനന്ദത്തെ വ്യാഖ്യാനിച്ചത് ബ്രഹ്മജ്ഞാനിയെ മുക്തനെ വ്യാഖ്യാനിച്ചത് അതുപോലെ അങ്ങനെ അറിയുന്നവൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മജ്ഞാനത്തെ സംബന്ധിച്ചും മുക്തിയെ സംബന്ധിച്ചും പരമാനത്വത്തെ സംബന്ധിച്ച് എന്തൊക്കെ സംശയങ്ങളുണ്ടാകാമോ ആ സംശയങ്ങളെയെല്ലാം നിരാകരിച്ചിട്ട് വെളിപ്പെടുത്തിയ തത്വത്തെ ആ ഗ്രഹിച്ചവൻ സഖ്യം അവൻ എന്ത് ചെയ്യുന്നു ദൃഷ്ട അദൃഷ്ടഇഷ്ട വിഷ സമുദായോ ലോക അസ്മാത് ലോകാത്പ്രേത്യ പ്രത്യാവൃത്യ നിരപേക്ഷോഭൂത്വ അവനെന്ത് ചെയ്യുന്നു ഈ ലോകാത്പ്രേത്യ പ്രേത്യെന്നു വെച്ചാൽ മരിച്ചിട്ടെന്നാണ് അവനീ ലോകത്തിൽ മരിച്ചിട്ട് അപ്പോ എങ്ങനെ മരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരനാശമാണോ അധിഷ്ട ഇഷ്ടവിഷയ സമുദായം ലോക ഈ ലോകം എന്ന് പറയുന്നത് എന്താണ് ഇഷ്ടവിഷയ സമുദായമാണ് ഇഷ്ടവിഷയ സമൂഹമാണ് എങ്ങനെയുള്ള ഇഷ്ടവിഷയം ദുഷ്ടവും അധിഷ്ടവുമായ നമ്മൾ അനുഭവിച്ചതും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നതുമായ അതിഷ്ടം എന്നാൽ അറിയാം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മുമ്പ് അനുഭവിച്ചത് അതിൻ്റെ കേവല സ്മരണയുണ്ട് വീണ്ടും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഇഷ്ടവിഷയങ്ങൾ ലോകം അതാണ് അവിടെ ഹലം ലോക ലോകം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ഇഷ്ടവിഷയങ്ങൾ അതാണ് ലോകം തസ്മാസ്മാത്യ ഈ ലോകത്തിൽ നിന്ന് പ്രത്യാവൃത്തിയ മടങ്ങിയിട്ട് ലോകത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടെന്നർത്ഥം പ്രത്യാവൃത്തിയ മരിച്ചിട്ടെന്ന് പറയുന്ന എന്റെ അർത്ഥം പറയുന്നു പിൻവാങ്ങിയിട്ട് ലോകത്തിൽ നിന്ന് പിൻവാങ്ങി എങ്ങനെയാണ് ഈ ശരീരം ഈ ശരീരത്തിൽ ഈ ജീവൻ താതമ്യപ്പെട്ടിരിക്കുകയാണ് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് ബന്ധത്തെയും മോക്ഷത്തെയും അറിയുന്നത് പരമാത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നത് തത്വത്തെ സാക്ഷാത്കരിക്കുന്നത് അപ്പൊ ഈ ലോകത്തിൽ നിന്ന് പിന്തിരിയാതങ്ങനെ സാധ്യമാകും എന്തായാലും മരണമല്ല മരിച്ചാലും ലോകത്തിൽ നിന്ന് പിന്തിരിയാൻ സാധ്യമല്ല അവിടെ ഉണ്ട് ലോകം കൂടെ ഇപ്പോന്താണ് തത്വജ്ഞാനിയുടെ മരണം അതെന്താണ് തത്വജ്ഞാനി എങ്ങനെയാണ് ഈ ലോകത്തെ വിടുന്നത് പറയുന്ന എന്തിനേക്ഷോ അപേക്ഷാരഹിതനായി ഈ ഭൂതങ്ങളെ ഒന്നും അപേക്ഷിക്കാത്തവനായി ഭൗതികമായി ഒന്നിനെയും ആശ്രയിക്കാത്തവനായി അതാണ് നിരപേക്ഷത അതാണ് മരണം തത്വജ്ഞാനിയുടെ മരണം എന്നുവെച്ചാൽ ശരീരം ശരീരത്തോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ മനസ്സ് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഇത് രണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ലോകം ഈ ലോകത്തെ ഒന്നിനും അപേക്ഷിക്കാതെ സ്വരൂപസ്ഥിതനായി എന്നർത്ഥം ഈ ലോകത്തെ അപേക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കാംക്ഷയില്ലാതെ ആ കാക്ഷയുടെ ഫലമാ ഫലത്തെ ഈ ലോകത്തിൽ ആഗ്രഹിക്കാത്തവനായി അതാണ് നിരപേക്ഷ എന്ന് പറയുന്നത് നിരപേക്ഷ ഭൂത്വ അവൻ ഈ ലോകത്തിനനുസരിച്ച് ജീവിക്കുന്നവനല്ല ലോകത്തിലെ സുഖ ദുഃഖങ്ങൾക്കനുസരിച്ച് ജീവിക്കുക ലോകത്തിലെ ദ്വന്ദ്ങ്ങൾക്ക് അടിമപ്പെട്ടല്ല അവൻ ജീവിക്കുന്നത് അതുപോലെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ വികാരങ്ങൾക്ക് വിധേയനായിട്ടല്ല അവൻ ജീവിക്കുന്ന അതാണ് നിരപേക്ഷത അവൻ എങ്ങനെ ജീവിക്കുന്നു തത്വനിഷ്ഠനായി ജീവിക്കുന്നു തത്വനിഷ്ഠയിൽ ലോകത്തെ കാണും തത്വനിഷ്ഠയിൽ ലോകത്തെ കാണുമ്പോൾ ഈ ലോകത്തിൻ്റെ ദ്വൈതത്തിനവൻ അടിപ്പെട്ടു പോകുന്നില്ല അവൻ അതിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്നു അതാണ് തത്വജ്ഞന്റെ മരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുള്ള മരണം പ്രയത്യ അസ്മാൻ ലോക ഈ ശരീരമുള്ള ശരീരം ഉൾപ്പെടെയുള്ള ലോകത്തിൽ നിന്ന് അവൻ സ്വതന്ത്രനായിരിക്കുന്നു അതാണ് തത്വജ്ഞാനത്തിൻ്റെ ഫലം അവൻ സ്വതന്ത്രനായാൽ അവന് പ്രപഞ്ചത്തിന്റെ അനുഭവമില്ലെന്നോ ദ്വൈതത്തിന്റെ അനുഭവമില്ലെന്നോ എന്നുള്ള താൽപര്യമില്ല ഏതം യഥാഖ്യാതം അന്നമയം ആത്മാനം ഉപസങ്കരാമതി അവൻ അന്നമയനായ ആത്മാവിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ വിഷയജാതം അന്നമയ ഖണ്ഡാത്മനോ വ്യതിരിക്തം തശ്യതി സർവമസ്തുലഭൂതം അന്നമയം ആത്മാനം പശ്യതി ബിഷേജാതം ശബ്ദസ്പർശരൂപരസഗന്ധത്തിലുള്ള ഈ വിഷയങ്ങൾ അന്നമയാക്കിണ്ടാകുന്നനോ വ്യതിരിക്തം നവശി അന്നമയമായിരിക്കുന്ന ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടൊന്നിനെയും കാണുന്നു വ്യതിരിക്തം നവശ്ശി എന്നുവെച്ചാൽ അവന് ഭേദൃഷ്ടില്ല അന്നത്തെ അവൻ അന്നമായി തന്നെ കാണുന്നു അന്നമായ സർവ്വജനേയും അന്നമയുമായി തന്നെ കാണുന്നു അന്നമായി കാണുന്നില്ല ലോകത്തിൽ ഒരുവന് കാമനുണ്ടാക്കുന്നത് ആ കാമ്യ വിഷയങ്ങളിൽ പിന്നീട് ആസക്തി ഉണ്ടാക്കുന്നത് ഇതിനെ വേറെ കാണുന്നുകൊണ്ടാണ് അപ്പോൾ ആ തത്വജ്ഞന് ഈ കാമ്യമായ വിഷയങ്ങളില്ല കാമ്യമായ വിഷയങ്ങളിൽ ആസക്തിയില്ല എന്നുകൊണ്ട് അവൻ ഇത് സർവത്തെയും ഒന്നായി തന്നെ കാണുന്നു എങ്ങനെയാണോ ഈ ശരീരം അങ്ങനെ തന്നെയാണ് ഈ പ്രപഞ്ചവും സർവ സ്ഥൂലഭൂതം സർവ അന്നമയം ആത്മാനം പശി അന്നമയനായ കാണുന്നു താൻ അന്നമയനായിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു പരമാത്മസ്വരൂപനായ താൻ അന്നമയനായിത്തീരുമ്പോൾ ഈ തന്റെ തന്നെ വിരാട് ഭാവമാണ് ഈ കാണുന്നതെല്ലാം അങ്ങനെ കാണുന്നു തത് അഭ്യന്തരമേതം പ്രാണമയം സർവത്രമസ് അവിഭക്തം ഈ അന്നമയ എന്ന് പറഞ്ഞതുപോലെ അന്നമയമായിരിക്കുന്ന ഈ ഇതിൽ സ്ഥിതി ചെയ്യുന്ന പ്രാണമയന് അതിനെയും അങ്ങനെ കാണുന്നു അങ്ങനെ വ്യതിരിക്തമായി കാണുന്നില്ല സർവപ്രാണമയവും ഏകം തന്നെ അതേ ഏതോമയവും സർവമനോമയവും ഏകം തന്നെ വിജ്ഞാനമയും സർവവിജ്ഞാനമയവും ഏകം തന്നെ ആനന്ദമയം സർവ ആനന്ദമയവും ഏകം തന്നെ എന്നിങ്ങനെ സങ്കരാമതി ഏകത്വത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം സ്വർണത്തിൽ നിന്നുണ്ടാക്കിയ ആഭരണങ്ങളെ സ്വർണത്തിൽ നിന്ന് വേറിട്ട് കാണാൻ വയ്യ അപ്പം ഇവിടെ അന്നമയം പ്രാണമയം മനോമയം ആനന്ദമയം എന്ന് പറഞ്ഞ വികാരങ്ങളെ ഏകമായി തന്നെ കാണുമോ എന്നർത്ഥം അതുകൊണ്ട് ത സൃഷ്ടനുപ്രാവശ്യം സൃഷ്ടിച്ചവൻ തന്നെ ഇതിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നു ഈ അനുപ്രവേശം ചെയ്തവനാണ് ചിന്തിക്കുന്നത് താൻ സൃഷ്ടിച്ച ഒന്നും തന്നിൽ നിന്ന് വേറെയല്ല അങ്ങനെയാണെങ്കിൽ ഈ അപ്രവേശം ചെയ്തിരിക്കുന്ന ജീവന് അന്നപ്രാണ മനോവിജ്ഞാന ആനന്ദങ്ങളെ തന്നിൽ നിന്ന് വേറിട്ട് കാണാൻ കഴിയില്ല എല്ലാം തന്റെ തന്നെ സ്വരൂപമാണ് അവനില് ഭേദദൃഷ്ടി നശിക്കുന്നു സർവാത്മഭാവം അതിനവൻ സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ തത്രേത ചിന്ത അവിടെ അല്പം ചിന്തിക്കാനുണ്ട് എന്താണോ കോയം വിമി ഈ തത്വജ്ഞൻ അവൻ എപ്രകാരമാണോ എങ്ങനെയാണ് അവന്റെ സംക്രമണം അവൻ സർവത്തെയും പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ ഇതിന്റെ താല്പര്യം എന്താണ് വീണ്ടും കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായി അവന്റെ താൽപ്പര്യത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു എന്തുകൊണ്ട് ആ വിഷയത്തിലുള്ള സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട് അജ്ഞാനം മാറാത്തതുകൊണ്ട് കിം പരസ്മാത്മന അന്യസംക്രമണകർത്താ പ്രവിഭക്ത ഉദേ ഈ സംക്രമണകർത്താവ് ഉപസംക്രമിക്കുന്നു എന്ന് പറഞ്ഞ ഈ ആൾ പരസ്മാത്മനോ അന്യ പരമാത്മാവിന് വേറ്റ ഒരാളാണോ പ്രവിഭക്ത നാനാ രൂപത്തിലുള്ള ഒന്നാണ് ബുദ്ധസജീവം അറിയാ പരമാത്മാവ് തന്നെയാണ് ഈ സംക്രമണകർത്താവ് ഉപസംക്രമിക്കുന്നു എന്ന് പറഞ്ഞു പരമാത്മാവാണോ കിം തഥ അതുകൊണ്ടെന്താ ഇപ്പം നിങ്ങൾക്ക് എന്താ ഇത്ര സംശയം സമാനം പറയും അന്യഹസിച്ചാൽ ശ്രുതി വിരോധം പറയുകയാണ് പരമാത്മാവിൽ നിന്ന് അന്യനായ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിക്ക് വിരോധം വരും ഇത് പൂർവക്ഷിയെ കൊണ്ട് സിദ്ധാന്തം പറയിക്കുന്ന രീതിയാണ് പൂർവക്ഷി എന്ന് വെച്ചാൽ സംശയങ്ങൾ ഉന്നയിക്കുന്ന ആളുടെ സംശയങ്ങൾ ന്യായമായി പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായും അയാൾ സിദ്ധാന്തത്തിലേക്ക് അടുത്തു ക്രമേണ അയാൾ സിദ്ധാന്തി പറയുന്നതല്ലേ പറയാൻ തുടങ്ങും അയാളും തത്വം പറയാൻ തുടങ്ങും അതുവരെ ചോദ്യം ചോദിച്ച ആളായിരുന്നു നിഷേധിച്ച ആളായിരുന്നു പിന്നീട് അനുകൂലിക്കാൻ തുടങ്ങും അതാണ് കിം തഥായി അന്യസ്യ സ്വതി വിരോധം സൃഷ്ടിച്ചവൻ എന്നും ഭിന്നനാണ് അനുപ്രവേശം ചെയ്തവനെന്ന് വന്നു കഴിഞ്ഞാൽ ശ്രുതിക്ക് വിരോധം വരും ത സൃഷ്ടുവാനുപ്രാപിച്ചത് അന്യോ അസോ അന്യോഹം അസ്മീതി നസവേദ അത് ബൃഹാരണികൾ മുമ്പ് നമ്മൾ ചർച്ച ചെയ്താണ് അന്യോ അസോ അന്യോ അഹം ഞാൻ വേറെ നീ വേറെ ഇവൻ വേറെ ഞാൻ വേറെ ഇതി നസവേത എന്നവനറിയുന്നില്ല അവൻ അങ്ങനെ അറിയുന്നില്ല സർവത്തെയും താനായി തന്നെ അറിയുന്നു ഏകമേവാദ്വിതീയം തത്വമസി ഇതെല്ലാം ഒന്നും വന്നിട്ടുണ്ട് അധ സൈവാനന്ദമയം ആത്മാനുപസംഗ്രാമതീതി കർമ്മ കടത്തെടുത്തുവാൻ ഉപത്തി അധസൈവ ആനന്ദമയം ആത്മാനുപസംഗ്രാമതീതി പറയുന്നു ആ പരമാത്മാവ് തന്നെയാണ് പരമാത്മാവിനെ പ്രാപിക്കുന്നത് ആനന്ദമയം ആത്മാനുപംക്രാമതി എന്ന് പറയുമ്പോൾ പരമാത്മാവിനെ പ്രാപിക്കുന്നു പരമാത്മാവ് തന്നെ പരമാത്മാവിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ കർമ്മകർത്തൃത്വ അനുഭവപ്പെട്ട വരെ രാമൻ ഗ്രാമത്തിലേക്ക് പോകുന്നു രാമന് ഗ്രാമവും ഒന്നായാൽ ഗ്രാമൻ രാമന് ഗ്രാമത്തിലെത്താൻ കഴിയില്ല അതാണ് കർമ്മകർത്തൃത്വം കർത്താവും കർമ്മവും ഒന്നാവുക കർത്താവായ രാമനും കർമ്മമായ ഗ്രാമവും ഒന്നായി പോകും ദോഷമാണ് അവിടെ ക്രിയ നടക്കത്തില്ല പറയുന്ന വാക്യം അസംബന്ധവും പരസ്യം വെച്ച സംസാരിത്തും പരാഭാവുക അങ്ങനെ വന്നുകഴിഞ്ഞാൽ ആ പരമാത്മാവിന് തന്നെ സംസാരിത്തും പ്രാപ്തമാകും അല്ലെങ്കിൽ പരമാത്മാവില്ലായെന്നുവരും ജീവാത്മാവെ ഉള്ളൂ എന്നിവരും ഉഭേദാപ്രാപ്തവും ദോഷവും പരിഹർത്തനം ശക്തി ധൈര്യ വൃദ്ധാചിന്ത അപ്പം ഏത് തരത്തിലായി പരമാത്മാവിനാണ് സംസാരിത്വം അല്ലെങ്കിൽ പരമാത്മാവില്ല രണ്ടു പറഞ്ഞുകഴിഞ്ഞാലും ദോഷമാണ് അതിനെ പരിഹരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ചിന്തയുടെ ആവശ്യമില്ല ദോഷ അപ്രാപ്തി തൃതീയവ പക്ഷെ അതുഷ്ടി സൈവ ശാസ്ത്രാർത്ഥി വർദ്ധ്യവ ചിന്താ പറയുന്നു ഇനിയും മുമ്പോട്ട് എന്തിനു ചിന്തിക്കണമെന്നുള്ളതാണ് ഇതുവരെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ശ്രുതി അനു വ്യാഖ്യാനിച്ചു കഴിഞ്ഞു ഇനിയും വേണ്ട ഈ ചിന്ത എന്തിനു നീട്ടണം അതാണ് പരസ്യ സംസാരിത്വം പരാഭാവവും രണ്ടു പറഞ്ഞു കഴിഞ്ഞാലും ഭേദ പ്രാപ്തവും ദോഷവും പരിഹർത്തനം ശക്തി വന്നുചേരുന്ന ദോഷത്തെ പരിഹരിക്കാൻ സാധ്യമല്ല നീതി വർദ്ധാക്കിന്ത അതുകൊണ്ടെന്നാണ് ഇവിടെ ചിന്ത ഇനി വർദ്ധമാണ് അത് അന്യത രസൻ പക്ഷേ ഇതിൽ ഒരുപക്ഷത്തിൽ ദോഷപ്രാപ്തി അങ്ങനെ സ്വീകരിക്കുക ദോഷമൊന്നുമില്ല ത്രിതീവാ പക്ഷേ അധിഷ്ഠേ മൂന്നാമതിന്റെ ഒരു പക്ഷം അത് ദോഷമില്ലാത്തതാണോ സൈവ ശാസ്ത്രാർത്ഥ അതുകൊണ്ട് എന്താണോ ഈ രണ്ടിലേതെങ്കിലും ഒന്നും ദോഷമില്ല എന്താണ് ഒന്ന് സ്വീകരിക്കുക പരമാത്മാവിന് സംസാരിക്കുമില്ല അങ്ങനെ സ്വീകരിച്ചാൽ ഇനി മറ്റൊരു പക്ഷം ഏതെങ്കിലും ഒരു പക്ഷം ദോഷരഹിതമായൊരു പക്ഷമുണ്ട് പരമാത്മാവ് പരമാത്മാവ് തന്നെ പരമാത്മാവിനൊരിക്കലും ജീവഭാവം വന്നിട്ടില്ല എന്നെല്ലാം കരുതിയാലോ പക്ഷേ അതുഷ്ട സൈവശാസ്ത്ര ഇവർ ഏതാനി ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് തന്നെ ഒരു നിർണ്ണയം വന്നു കഴിഞ്ഞു ഇനിയും വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കൂടുതൽ വഷളാക്കേണ്ട കാര്യമില്ല എന്നാണെങ്കിലും നന്ദിർദ്ധാരണ അർത്ഥത്വ പറയുന്നു പോരാ അതിന്റെ നിർദ്ധാരണ സംഭവിച്ചിട്ടില്ല അതായത് പലതിൽ നിന്നും ഒന്നിന് വേണ്ടെടുക്കുന്നതാണ് നിർദ്ധാരണമെന്ന് പറയുന്നത് ഇവിടെ അജ്ഞാന സംശയ രൂപത്തിലുള്ള അല്ലെങ്കിൽ അജ്ഞാന സംശയക്കാരുമായിട്ടുള്ള നാനാ തരത്തിലെ ചിന്തകളുണ്ട് ഈ പരമാർത്ഥ തത്വത്തെ കുറിച്ച് ആ അജ്ഞാന സംശയങ്ങളെല്ലാം ദൂരീകരിച്ചിട്ട് യഥാർത്ഥ അജ്ഞാനത്തെ മാത്രം അവിടെ നിരത്തണം അതിനുവേണ്ടി ശരിക്കും ചിന്ത ഇനിയും ആവശ്യമാണ് ഇതുവരെ ശ്രവിച്ചതേ ഉള്ളു ചിന്തിച്ചില്ല ഇതുവരെയുള്ള ചിന്ത ശ്രവണം മാത്രമാണ് ശ്രവണത്തിൽ സ്വാഭാവികമായിട്ടും പോരായ്മകൾ വരാം അതിനെ പരിഹരിക്കുന്നതിന് മനനാവശ്യമാണ് അതുകൊണ്ട് ഭാഷകാരം പറയുന്നു ഞാൻ മനനവസാനിപ്പിക്കുന്നില്ല തുടർന്നു പോവുകയാണ് അതുകൊണ്ട് വിൽപ്പന്നനായ ഒരുവിനെ സംബന്ധിച്ചിടത്തോളം ചോദ്യങ്ങൾ കടന്നു വന്നുകൊണ്ടേ ബോധമില്ലാത്തവനോട് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ചോദ്യമൊന്നുമില്ല മൂഢനോട് വിവേകിയോട് പറഞ്ഞാലോ ചോദ്യം വരും അതുകൊണ്ട് ശാസ്ത്രാർത്ഥം തുടർന്നേ തീരൂ നിന്റെ ശ്രോതാവിൻ വിവേകിയുണ്ട് അവന് ചിന്ത വരുന്നു അവന്റെ ചിന്തയെ പരിഹരിക്കാൻ ഈ ചിന്ത നിർദ്ധാരണാർത്ഥത്വമാണ് നിങ്ങൾ പറഞ്ഞത് പാടയ സംബന്ധമാണ് ആ പരമാധ തത്വത്തെ നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമാണ് മനനം സത്യം പ്രാപ്തോ ദോഷോ നശക്തി പരിഹർത്തും അന്യതരസ്മിൻ തൃതീയവ പക്ഷേ അതുഷ്ടി അവധൃതി വൃദ്ധ ചിന്ത ഇതി പറയാൻ തന്നെ നിവർത്തി ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നയാൾ ക്രമേണ ക്രമേണ സിദ്ധാന്തത്തിനോടക്കുന്നു സ്വയം തന്നെ സിദ്ധാന്തത്തെ പറയുന്നു പൂർണ്ണമായിട്ടില്ല ഭാഗ്യമായി അങ്ങനെ പറഞ്ഞു പറഞ്ഞു ആ മുഖ്യ സിദ്ധാന്തത്തിലെത്തിച്ചേരുന്നു സത്യം പ്രാപ്തവും ദോഷനോ ദോഷം പ്രാപ്തമായി അത് പരിഹരിക്കാൻ സാധ്യമല്ല എങ്ങനെ അന്യദ്രസ്മിയാവാ പക്ഷേ അന്യദ്രസ്മി രണ്ടിൽ ഒരു പക്ഷം അല്ലെങ്കിൽ അതിന് ദോഷത്തെ പരിഹരിക്കാൻ സാധ്യമല്ല ദോഷരഹിതമൊന്നും നിങ്ങൾ കരുതുന്ന ഒരു പക്ഷത്തിനും ദോഷത്തെ പരിഹരിക്കാൻ സാധ്യമല്ല പക്ഷേ ദോഷത്തെ പരിഹരിച്ചാലോ അവധൃതി അധിഷ്ഠി അത് ദോഷരഹിതമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ചിന്ത പിന്നെ ഇനി എന്തിനു ചിന്തിക്കണം ഇവിടെ പറയുന്ന പലപക്ഷം പരസ്യം സംസാരിത്വവും പരാഭാവ അല്ലെങ്കിൽ ഇനി വേറൊരു പക്ഷം ഈ പരമാത്മാവിനെ സംബന്ധിച്ചുള്ള ചിന്തയുടെ പലപക്ഷം ഇതിൽ എന്താണോ അതുഷ്ട അവധ്രത ആ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ഈ പക്ഷം ഈ പറയുന്ന സ്വീകാര്യമാണെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഭർത്താ ചിന്ത പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാൽ അത് സ്വഭ്രത എന്നാൽ അത് നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയും ചർച്ച ആവശ്യമാണോ ഇതി അവധാരണാർത്ഥത്വ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ നിശ്ചയിക്കുന്നതിന് വേണ്ടി അർത്ഥവത്തിയ വഹേഷ ചിന്ത ഇനിയും ചിന്ത ആവശ്യമാണ് ഇവിടെ ഭക്ഷ്യക്കാരനോട് ചോദിക്കുന്നത് ഈ ചിന്ത ഇതെന്ന് അവസാനിക്കുന്നു ഒരു മനുഷ്യ കഴിഞ്ഞ് വേറൊരു മനുഷ്യനെ പോയിക്കൊണ്ടിരിക്കുക ഇതെന്ന് അവസാനിക്കും അങ്ങനെ ചോദ്യം ഇതിന്റെ പ്രയോജനം എന്താണ് ചോദിക്കും ആത്മതത്വത്തെ കുറിച്ച് പറയുന്നു സത്സംഗത്തിൽ അതിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കും പക്ഷെ ഇതുവരെ പറഞ്ഞിട്ടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടും ഒരു പ്രയോജനം ഉണ്ടായില്ല അങ്ങനെയാണെങ്കിൽ ഇനി ഇത് പറഞ്ഞിട്ട് എന്താ പ്രയോജനം എന്നാ കാരണം ശ്രുതി ഇതിനെ തന്നെ പരമാവധി പറഞ്ഞു കഴിഞ്ഞു അത് ശ്രവിച്ചും കഴിഞ്ഞു പക്ഷെ പ്രയോജനമുണ്ടോ പിന്നെ ഇത് എന്താ പറയുക എന്നാണ് എന്തുകൊണ്ട് ഇന്നത്തെ സ്വാഭ്രത അത് ഉറച്ചില്ല അപ്പോ ഇതുവരെ ഉറക്കാത്തത് കൊണ്ട് ചിന്ത ആവശ്യമില്ല എന്തെങ്ങനെ പറയാൻ കഴിയും തത് അവധാരണാർത്ഥത്വ ഇനി ഉറക്ക ഇനി സമയം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല അതുകൊണ്ടത് വ്യർത്ഥമാണെന്ന് പറയാൻ പാടില്ല ഇനി വെളിപ്പെടും അങ്ങനത്തത് അവധാരണാർത്ഥത്വ അർത്ഥവുത്തി അപേക്ഷിച്ച് ചോദ്യകർത്താവ് ചോദിക്കുകയാണ് ഇതുവരെ ഇത് ഞാൻ കേട്ടു ശ്രദ്ധയോടുകൂടി കേട്ടു സാധനാ സമ്പത്തിയോടുകൂടി ഇത് തന്നെ കേട്ടത് പക്ഷേ ഒന്നും വെളിപ്പെടുന്നില്ല ബ്രഹ്മജ്ഞാനിയാകുന്നില്ല അതുകൊണ്ടിത് വ്യർത്ഥമാണോ ഇനി ഇതുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി മറ്റെന്തെങ്കിലും ആകാം പറ സത്യം അർത്ഥപതിച്ചില്ല നിങ്ങൾ പറഞ്ഞ നിങ്ങളെ സംബന്ധിച്ച് ശരിയാണ് പക്ഷേ വിചാരം പ്രയോജനപ്രദമാണ് അതിനിയും പ്രതീക്ഷയോടെ തന്നെ തുടരണം സംശയങ്ങൾ ദൂരീകരിക്കുന്നത് വരെ ഇത് തുടരണം അങ്ങനെ ഇതിന്റെ താൽപര്യത്തെ നിർണ്ണയിക്കണം ശാസ്ത്രാർത്ഥ അവധാരണാർത്ഥത്വ ശാസ്ത്ര താല്പര്യത്തെ നിശ്ചയിക്കണം ശാസ്ത്ര താല്പര്യത്തെ മനസ്സിലാക്കും പൊതുവായി നമ്മളൊന്നും കേൾക്കുന്നില്ല കേട്ടിട്ടുള്ള കാര്യങ്ങളേ പിന്നെന്താ ശ്രവണത്തിൽ അത് സംഭവിക്കാത്തത് ശ്രവണത്തിൽ അവിടെ അതിന്റെ താല്പര്യത്തെ ഗ്രഹിച്ചില്ല എന്തർത്ഥമാണോ ഗ്രഹിച്ചത് അതായിരുന്നില്ല അതിന്റെ താല്പര്യം അതാണ് ഇവിടെ വരുന്ന തകരാർക്ക് പോരായ്മ ശാസ്ത്ര താല്പര്യത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി ചർച്ച വീണ്ടും വീണ്ടും വീണ്ടും അത് ഗ്രഹിക്കുന്നതുവരെ ചിന്ത ചെയ്തു നിർണ്ണേഷ പറയുന്ന പറയുന്ന നിങ്ങൾക്ക് ഇതി വല്ല പിടിയുണ്ടോ എന്ന് ചോദിച്ചു ശരി കേൾക്കുന്ന എനിക്കിതിലൊരു പിടിയും കിട്ടിയിട്ടില്ല സമ്മതിച്ചു പറയുന്നതാണ് അത് വേരൂപത്തിൽ പറയണേ ചിന്തയേസി ചും സമ്മതിച്ചു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ അദ്വൈതം വിളമ്പുന്നയാളോ ചിന്തിക്കുന്നവരെ സമ്മതിച്ചു എന്നത് നിർണ്ണയ ശേഷി പക്ഷെ സംഗതി പിടികിട്ടിട്ടില്ല താല്പര്യത്തെ നിർണ്ണയിച്ചിട്ടില്ല വിഷു ഗുരുവിനോട് പറയണം എനിക്കും മനസ്സിലായില്ലെന്ന് പറഞ്ഞത് ഞാൻ സമ്മതിച്ചു പക്ഷെ എന്റെ അഭിപ്രായത്തിൽ തനിക്കും ഇത് മനസ്സിലായിട്ടില്ല അത്ര വേറെ ഒന്ന് എന്നോട് നിന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് ഇതൊരിക്കലും നിർണയിക്കാൻ പറ്റാത്താണ് എന്നെങ്ങനെയാ ദൂരം നിർണയിക്കുന്നത് നീ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് കിംന നിർണയിത് വിമിതി വേദവചനം വേദം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സാക്ഷാത്കാര സംഭവിക്കത്തില്ല തത്വജ്ഞാനം ഉണ്ടാകത്തില്ല മുക്തി സംഭവിക്കത്തില്ല അങ്ങനെയല്ല ശ്രുതി പറഞ്ഞിട്ടുണ്ടോ ഗുരു പറയുന്നത് ഗുരുവിന്റെ സ്വന്തം അഭിപ്രായം ഗുരു പറയുന്നത് ശ്രുതിയുടെ താല്പര്യത്തെയോ പറയുന്നു സ്വന്തം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവനു പറയാം ഈ പറഞ്ഞെല്ലാം തന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം വേറെയാണ് അങ്ങനെ പറഞ്ഞാത്ത വരുന്നു അതുകൊണ്ട് പറയുന്ന എന്താണ് ശ്രുതി താല്പര്യമാണ് പറയുന്നത് തന്റെ അഭിപ്രായമായും പറയുന്നത് അത് തന്നെയാണ് ശ്രുതിയുടെ താല്പര്യത്തെ ശ്രുതിയുടെ താല്പര്യത്തെ താൻ കണ്ടെത്തിയതാണ് അത് ശ്രുതിയിലുണ്ട് നിർണയിച്ചിരിക്കുന്നു നിർണയിക്കരുതെന്നല്ല വേദത്തിന്റെ താല്പര്യം നിർണയിക്കണമെന്നാണ് അതുകൊണ്ടാണ് വേദം ഈ തത്വത്തെ വെളിപ്പെടുത്തിയത് നിർണ്ണയെന്ന് ഞാൻ അതല്ല ഉദ്ദേശിച്ചത് പിന്നെന്താണ് കഥം തെറങ്ങി പറയുന്നു ഇതിനെ കുറിച്ചുള്ള സാധനം പറയുന്നു ഒരുപാട് അഭിപ്രായങ്ങൾ എല്ലാം കൂടെ കേട്ടാകെ കൺഫ്യൂഷനാകും ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം തന്ത്രം മന്ത്രം തപസ് സമാധി ഒരുപാട് കാര്യങ്ങൾ എല്ലാത്തിനെയും പറയാം അദ്വൈത കാഴ്ചപ്പാട്ടുകൾ ഒരുപാട് ബഹുപ്രതിപക്ഷത്വ ശിഷ്യൻ ഗുരുവിനോടുള്ള ബഹുമാനത്തോടു കൂടി പറയുന്നു ഏകത്വവാദിത്വം നീ പറയുന്നു വേറെ ഏകത്വം ഞാൻ കേട്ടിട്ടുള്ളതല്ല നീ പറയുന്നു മറ്റുള്ളവർ പറയുന്നതല്ല പറയുന്നു ഏകത്വവാദി ഏകത്വവാദിയാണ് വേദാർത്ഥപരത്വമാണ് എന്നിട്ട് നീ എന്നോട് പറയുന്നു ഞാൻ പറയുന്നു വേദത്തിന്റെ താല്പര്യമാണെന്നു ഈ ലോകത്തിലുള്ള ധൈര്യകളെല്ലാം എവിടെ പോകും ബഹുപ്രതിപക്ഷത്വ ദേഹത്വവാദിത്വം അങ്ങനെ ധാരാളം ധാരാളം പേർ ചോദ്യം ചെയ്യുന്ന ഒരുവരാണിനി എന്നാൽ വേദ താല്പര്യവും നിഗ്രഹിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു ബഹബുഹി നാനാത്വ അതിനോ വേദബാഹ്യ ത്വപ്രതിപക്ഷ നിന്നോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഈ കേൾക്കുന്ന ചോദ്യങ്ങൾ ഇതെല്ലാം എന്താണ് നാനാത്വവാദികളുടെ ചോദ്യങ്ങളാണ് വേദബാഹ്യന്മാരാണ് അവരെല്ലാം നിനക്ക് ശത്രുക്കളുമാണ് ശത്രുക്കളെന്നു വെച്ചാൽ നിരന്തരം നിന്നോട് ചോദ്യം ചോദിച്ച് നിന്നെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അതോ മാം ആശങ്ക നിർണ്ണേഷ അതുകൊണ്ടാണ് എനിക്ക് സംശയം വന്നത് എന്നാ നിർണ്ണേഷിച്ച് ഇനിയും ഇതിന്റെ താല്പര്യമൊന്നും ഗ്രഹിക്കാൻ പോകുന്നില്ല നിർണ്ണയിക്കത്തില്ല ഗുരുവിനോട് പറയൂ ഗുരുവിന് നിശ്ചയിക്കാൻ പറ്റത്തില്ല എനിക്ക് മാത്രമല്ല അവരെ അടുണ്ടല്ലോ അത് ഗുരുവിന് സാധിക്കത്തില്ല പിന്നെ അല്ലെ ഞാൻ അതുകൊണ്ട് എന്റെ സംശയം യുക്തമാണ് ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകത്തില്ല ഈ തിയെ ദൈവമേ പ്പോ ഗുരു ശരി ഇത് തന്നെ മംഗളം നീ പറഞ്ഞത് തന്നെയാണ് ശ്രേഷ്ഠം എന്താണ് മാം ഏകയോഗിനും അനേകയോഗി ഭൂപ്രതിപക്ഷമാകിയാണ് അദ്വൈത യോഗിയാണ് അങ്ങനെയുള്ള എന്നെ അനേക യോഗികൾ ചോദ്യം ചോദിക്കുന്നവനായി നീ വെളിപ്പെടുത്തി അത് ശ്രേഷ്ഠമായ കാര്യം തന്നെയാണ് എന്നോട് ചോദിക്കാനാവണ്ടല്ലോ എന്തുകൊണ്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ പറയുന്നത് സത്യമായതുകൊണ്ട് അതുകൊണ്ട് എന്നോട് തന്നെ ചോദിക്കുന്നു അതുകൊണ്ട് ഈ ചർച്ച തുടരണം തത്വത്തെ ഉറപ്പിക്കണം നിന്റെ ഈ വികൽപ്പങ്ങൾ വിപരീത ചിന്തകൾ അതിനെ നീ ജയിക്കണം അതോ ജേഷ്യാമി ഞാൻ എന്താ ജയിക്കാൻ പോകുന്നു അത് കഴിഞ്ഞാൽ നീ നിണ്ട് വിപരീത ചിന്തകളെ വിജയിക്കണം സർവാൻ അതാണ് ഇവിടത്തെ ശത്രുക്കൾ എതിരെ നിൽക്കുന്നത് ഈ ചോദ്യങ്ങളാണല്ലാ വ്യക്തികളൊന്നും അല്ല എന്നുവെച്ചാൽ മനസ്സിന്റെ വികൽപ്പങ്ങൾ അപ്പൊ ഇത്രയൊക്കെ കേട്ടു കഴിഞ്ഞിട്ടും വീണ്ടും മനസ്സിൽ ഇങ്ങനെ വികൽപ്പങ്ങൾക്കുന്നു ദ്വൈതസംബന്ധിയ വികല്പങ്ങൾ അതോ ജേഷ്യാമി സർവാന് ആ വികല്പങ്ങളെല്ലാം നശിപ്പിക്കണം ആരഭേദ ചിന്ത അതുകൊണ്ട് ഗുരു ശിഷ്യനോട് പറയുന്നു ഇനി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ആരഭേദ ചിന്ത ഞാൻ ചിന്തിക്കുകയാണ് നീ കൂടാ കുടിക്കും ചിന്തിക്കാം എന്തുകൊണ്ട് നീ തത്വത്തോടടുത്തുവരുന്നു എന്നെ ഏകയോഗിയായി നീ തിരിച്ചറിയുന്നു അതുപറഞ്ഞാൽ ബഹുപ്രതിപക്ഷം അനേക യോഗികളിൽ നിന്നും എന്നെ ഏകയോഗിയായി നീ തിരിച്ചറിയുന്നു പത്രയും പുരോഗമിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തത്വത്തെ നിർണ്ണയിക്കാൻ കഴിയും നിന്റെ മനസ്സിന്റെ എല്ലാ വികല്പങ്ങളെയും നിനക്കില്ലാതാക്കാം സർവാൻ ആരഭിച്ച ചിന്ത അതുകൊണ്ട് ശരിയായ വഴിക്കുള്ള ഇതുവരെ ചിന്തിരിച്ചു വരുന്നതിന് ഇതുവരെ കേട്ടതിലൊക്കെ പോരായ്മകളുണ്ട് ആ പോരായ്മകളെയൊക്കെ പരിഹരിച്ചുകൊണ്ടിള്ള ശരിയായ ചിന്ത അത് അതിലേക്ക് കിടക്കാം എന്നാണ് ചിന്തിക്കുക കാരണം തത്വജ്ഞാനം അത് നിശ്ചയരൂപത്തിലുള്ളതാണ് അതിന് നാനാരൂപമില്ല ഏകരൂപമേ ഉള്ളൂ ബുദ്ധിയാണെങ്കിലോ നാനാരൂപത്തിൽ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ നാനാരൂപത്തിൽ ബുദ്ധി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഏകരൂപത്തിലുള്ള തത്വജ്ഞാനത്തിന് എതിരായി നാനാരൂപത്തിലുള്ള ബുദ്ധി വികൽപ്പം സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ ഏക രൂപത്തിലുള്ള തത്വജ്ഞാനത്തിൽ പ്രതിഷ്ഠ കിട്ടുന്നില്ല അതുകൊണ്ട് പറയുന്നു എന്താണ് മേ സ്വസ്ഥ്യേനം എനിക്ക് മംഗളം ഭവിക്കട്ടെ എന്നാണ് നീ പറയുന്നത് തന്നെയാണ് എനിക്ക് മംഗളകരമായിരിക്കുന്നത് അതോ മമ ആശങ്ക നിവേഷിച്ചു ഇതിനൊരവസാനം വരില്ലെന്നാണ് എന്റെ സംശയം ഈ മനസ്സിന്റെ വികൽപ്പങ്ങളിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും എന്നാണെങ്കിലോ ഈ തീയത ബമയെ സൃഷ്ടി അതുതന്നെയാണ് ഞാൻ കല്യാണമായി കാണുന്നത് ശ്രേഷ്ഠമായി കാണുന്നത് എന്തായാലും വികല്പങ്ങളുണ്ടല്ലോ മൂഢതയല്ലോ നിന്റെ മനസ്സിൽ അത്രയുമായല്ലോ തിരിച്ചറിഞ്ഞെന്താണ് മാം അങ്ങനെ തിരിച്ചറിഞ്ഞു ഏകയോഗിനം ഏകയോഗിയായി അദ്വൈതവാദിയായി തിരിച്ചറിഞ്ഞു അപ്പോൾ തിരിച്ചറിഞ്ഞു എന്താണ് അദ്വൈതം എന്താണെന്ന് മനസ്സിലാക്കി അതുതന്നെയാണ് മംഗളം നമ്മൾ വിചാരത്തിലെ മംഗളം ഇവിടെ ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും വിചാരത്തിലെ മംഗളകരമായ ഭാഗം അതാണ് എന്താണോ അദ്വൈതം എന്താണെന്ന് തിരിച്ചറിഞ്ഞു പക്ഷെ അനേകയോഗി ബഹുപ്രതിപക്ഷം പക്ഷെ അനേകയോഗി ബഹുപ്രതിപക്ഷം നാനാത്വ വകല്പങ്ങൾ ഇവിടെ പ്രതിപക്ഷമായിരിക്കുന്നു എന്നുള്ള കുഴപ്പമേ ഉള്ളൂ വീണ്ടും ചോദിക്കും അതെങ്ങനെ ശരിയാവും അദ്വൈതം ഇങ്ങനെയൊക്കെ ആയാലും അദ്വൈതം എങ്ങനെ അനുഭവത്തിൽ വരും അത് അനുഭവത്തിൽ വരാത്തത് കൊണ്ട് അത് വ്യർത്ഥമാണല്ലോ ഈ തരത്തിൽ അദ്വൈതം എങ്ങനെ ശരിയാകും നാനാത്വ സത്യമായിരിക്കും എങ്ങനെ ഏകത്വം ശരിയാകും യോഗി ബഹുപ്രതിപക്ഷം അതുകൊണ്ട് പറയുന്നു അതോ ജേഷ്യാമി സർവാനാരംഭ്യോ സാധാരണ വായിച്ച അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അദ്വൈതയോട് അദ്വൈതി പറയുന്നു തത്വത്തെ നിർണ്ണയിക്കാൻ കഴിയത്തില്ല അപ്പോൾ അദ്വൈത് പറയുന്നു ഇനി എന്തായാലും ഞാൻ തത്വം പറയുന്നവനാണെന്നും അംഗീകരിച്ചല്ലോ അത് മതി ഇനി എന്താണോ ഇതിൽ ദോഷങ്ങളുണ്ട് അതിനെ പരിഹരിക്കാം ശരിക്കും അത് ഗുരു ശിഷ്യരൂപത്തിലുള്ള സംവാദമാണ് ത്തെ ഗുരു എത്രയൊക്കെ വ്യക്തമായി വെളിപ്പെടുത്തിയാലും ശിഷ്യന്റെ മനസ്സിൽ വീണ്ടും ഈ ദ്വൈതവികൽപങ്ങൾ നിലനിൽക്കാം അതും പരിഹരിക്കണം പരമാർത്ഥത്തെ ബോധിപ്പിച്ച് അത് പരിഹരിക്കാൻ പറ്റും അതായത് ഒരു ചോദ്യത്തെ മറ്റൊരു സമാധാനം കൊണ്ട് പരിഹരിക്കുന്ന രീതിയല്ല ഇവിടെ ഒരു ചോദ്യത്തെ മറ്റൊരു സമാധാനം കൊണ്ട് പരിഹരിച്ചാൽ ആ സമാധാനത്തെ ആശ്രയിച്ച് വേറെ ചോദ്യം വരും ഇത്രയും സംഭവിച്ചു തൽക്കാല സമാധാനം ശരി അതുണ്ടാവും പക്ഷെ ആ സമാധാനം അടുത്തൊരു ചോദ്യത്തിന്റെ മുന്നോടിയായിരിക്കും അതിന് സമാധാനം പറഞ്ഞാൽ അത് വേറെ ചോദ്യത്തെ സൃഷ്ടിക്കും അപ്പൊ എല്ലാ സമാധാനങ്ങളും ചോദ്യത്തെ സൃഷ്ടിച്ചുണ്ടേ അതുകൊണ്ട് ചോദ്യം ചോദിച്ച് ഉത്തരം കേട്ട് ആശ്വസിക്കുന്നതിനൊരർത്ഥം എല്ലാ സമാധാനങ്ങളും അടുത്തും മറ്റൊരു ചോദ്യത്തിന്റെ മുന്നോടിയാണ് അതുകൊണ്ടാണ് ശിഷ്യം പറയുന്നത് ഇവിടെ അനേക യോഗി ബഹുപ്രതിപക്ഷം ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ കാണുന്നുണ്ട് എത്ര ചിന്തിച്ചാലും സമാധാനം കിട്ടാത്ത രീതിയിൽ ചോദ്യങ്ങൾ നീണ്ടുപോവുകയാണ് അതെല്ലാം അദ്വൈതത്തിന്റെ എതിരെയുള്ള വകല്പങ്ങളാണ് അദ്വൈതത്തെ സമർത്ഥിക്കുന്ന വികല്പങ്ങളാണ് അല്ലേ അദ്വൈതത്തെ നമ്മൾ വ്യക്തമായി സ്പഷ്ടമായി വെളപ്പെടുത്തി കഴിഞ്ഞാലും വീണ്ടും മനസ്സിൽ വരും ചോദ്യം ഇതാണ് അദ്വൈതം എന്താ പ്രത്യേകിച്ച് വിശേഷതയുള്ളത് ഈ അദ്വൈതത്തിന് എന്താ മഹത്വം ഉള്ളത് ഈ അദ്വൈതം കൊണ്ട് എന്താ നേടുന്നത് എന്തെങ്കിലും നേടണമെങ്കിൽ അത് അദ്വൈതത്തിലെ അതുകൊണ്ട് എന്താ പ്രയോജനം പ്രയോജനം മറ്റുള്ള കാര്യങ്ങളിലാണ് അദ്വൈതത്തിൽ നിന്നും വേറിട്ടുള്ള കാര്യങ്ങളിലാണല്ലോ പ്രയോജനം കാണുന്നത് ജപത്തിനും തപത്തിനും സമാധിനുമൊക്കെ പ്രയോജനം കാണുന്നുണ്ട് ഈ പറയുന്ന ദുരിതം കെട്ടിട്ടൊരു പ്രയോജനമില്ല ഈ തരത്തിൽ പോകുന്ന ചിന്ത ഈ ചിന്തകളെ നശിപ്പിക്കുന്ന സർവ്വാനാരഭ്യേ ദേഷ്യാമി ചിന്ത ഈ ചിന്തകളെ ജയിക്കണം അത് എങ്ങനെ പുതിയ ചിന്ത ഉണ്ട് ഇതിനൊക്കെ ഉൾപ്പെടുത്തുന്ന ചിന്ത ഉണ്ട് ഈ ചിന്തയെന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ് നമ്മുടെ കല്പന എന്താ മറിച്ച് നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശമാണ് അതാണ് ചിന്തയെന്ന് പറയുന്നത് പ്രകാശത്തിന് ഇരട്ടിനെ നിഷേധിക്കാൻ പറ്റും കല്പനകളാണെങ്കിലോ ആ ഇരട്ടിനെ വളർത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ശിഷ്യനെ വീണ്ടും ആ നിർണയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വീണ്ടും വരുന്ന സംശയങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അതിനുവേണ്ടി പറയുന്നു സയേബത്ത് സ്യാദ് തദ്ഭാവിതത്വ സയേബത്ത് സ്യാദ് അദ്വൈതം തന്നെ സംഭവിക്കും തദ്ഭാവാപത്തി പരമാത്മഭാവം അതാണ് ഇവിടെ വിവക്ഷത ഇവിടെ പറഞ്ഞില്ലേ ആദിത്യത്തിന് ഏതൊരുവനാണോ അവൻ തന്നെയാണ് എങ്ങനെ ശരിയാകും പറയുന്നു സൈവത്ത് സത്ഭാവ സിയ പരമാത്മപ്രാപ്തി അതാണ് ഇവിടെ വിവക്ഷിതം തദ്വിജ്ഞാനേനെ പരമാത്മഭാവോ അത്ര വിവക്ഷിതവും ആ പരമാത്മഭാവം അതാണ് ഇവിടെ വിവക്ഷിതം എന്തുകൊണ്ട് തദ്വിജ്ഞാനേനാ വിജ്ഞാനം കൊണ്ട് അതിന്റെ അനുഭവം കൊണ്ട് മുമ്പ് പറഞ്ഞ രീതി ആ പരമാത്മഭാവത്തെ പ്രാപിക്കുന്നു ഇവിടെ എന്താണ് അദ്വൈത വിജ്ഞാനം കൊണ്ട് മനസ്സിന് വികല്പങ്ങൾ കൂടുന്നു ഇവിടെ പറയുന്നതല്ല അദ്വൈത വിജ്ഞാനം കൊണ്ട് പരമാത്മഭാവത്ത് പ്രാപിക്കുന്നു അതാ അതിന്റെ അദ്വൈത വിജ്ഞാനം കേവലം മനസ്സിന്റെ കല്പനകളാണ് അതുകൊണ്ടാണ് അദ്വൈത വിജ്ഞാനം ആന്തരീകമായ പ്രകാശം തദ്വിജ്ഞാന പരമാത്മഭാവോ ഹി അത്ര വീക്ഷിത ബ്രഹ്മപിതാപനോദി പരം ബ്രഹ്മജ്ഞാനി പരമാത്മഭാവത്തെ പരമപഥത്തെ പ്രാപിക്കുന്നു അല്ലാതെ ബ്രഹ്മജ്ഞാനി വീണ്ടും വികല്പങ്ങളിൽപ്പെട്ട് വിഴലുകയാണ് ചെയ്യുന്നത് അന്യസ്യ അന്യഭാവാപത്തിരുപദ്ധ്യത ഒന്നും മറ്റൊന്നായി മാറുകയല്ല ഇവിടെ ചെയ്യുന്നു ജീവൻ പരനായി മാറുകയല്ല അതിനൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ അവിടെയാണ് തവരാറ് സംഭവിക്കുന്നത് ജീവാത്മാവ് പരമാത്മാവുമായി മാറുന്നത് നാ ഹി അന്യസ് അന്യഭാവത്തി അത് സംഭവിക്കുന്നില്ല ഒന്നിനും മറ്റൊന്നാകാൻ പറ്റത്തില്ല ഇത് ബോധിപ്പിക്കുകയാണ് അത് അങ്ങനെ അല്ല എന്നുള്ള അനുഭവങ്ങളെ നിരാകരിക്കാൻ വേണ്ടി മാത്രമാണ് ആ ബോധം സഹായിക്കുന്നത് മറ്റൊന്നും അത് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ബോധത്തിന്റെ ആവശ്യമുണ്ട് പിന്നെ ആ ബോധവും ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല അത് ബ്രഹ്മവിത്ത് ബ്രഹ്മീവ ബ്രഹ്മവിത്ത് ബ്രഹ്മജ്ഞാനി എന്ന് പറയുമ്പോൾ ബ്രഹ്മം തന്നെയാണ് അല്ലാതെ ബ്രഹ്മത്തിന്റെ ജ്ഞാനമുള്ളവനല്ല ബ്രഹ്മത്തിന്റെ ജ്ഞാനമാണോ ബ്രഹ്മജ്ഞാനി എന്നല്ല ബ്രഹ്മജ്ഞാനി എന്താണ് ബ്രഹ്മവിത്ത് ബ്രഹ്മം എന്നാണ് അതിൻ്റെ അർത്ഥം ബ്രഹ്മവും ബ്രഹ്മത്തിന്റെ ജ്ഞാനവും അങ്ങനെ രണ്ടെണ്ണം അവിടെ ഇല്ല അത് ദ്വൈതമാവും അദ്വൈതമല്ല പക്ഷെ ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലാക്കണം ബ്രഹ്മമായി മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ ധരിക്കുന്ന പോലെ ിക്ക് നമ്മളിൽ നിന്നൊരു വ്യത്യാസം എന്താണ് നമ്മൾക്ക് ജ്ഞാനമില്ല ബ്രഹ്മജ്ഞാനിക്ക് ജ്ഞാനമുണ്ട് അങ്ങനെ അതെന്താ വ്യത്യാസം അജ്ഞന് അജ്ഞാനമുണ്ട് ബ്രഹ്മജ്ഞാനിക്ക് അജ്ഞാനമില്ലാതാ വ്യത്യാസം അല്ലാതെ ഈ തത്വജ്ഞാനം എന്ന് പറയുന്ന വലിയൊരു ഭാവം കൊണ്ട് കിടക്കുന്ന ആളല്ല ബ്രഹ്മജ്ഞാനം അത് ബ്രഹ്മജ്ഞാനിയായി ഭാവിക്കുന്നവർക്കാണ് ഈ ഭാവങ്ങളല്ല ബ്രഹ്മജ്ഞാനം എന്താണെന്ന് അറിയാതെ ബ്രഹ്മജ്ഞാനം ഉണ്ടെന്ന് ഭാവിച്ചുകൊണ്ട് കിടക്കുന്നു സ്വാമിമാരുടെ ഭാവങ്ങളത് എന്തുകൊണ്ട് അന്യസി അന്യഭാവത്തി ഒന്നിനു മറ്റൊന്നാകാൻ പറ്റത്തില്ല ഈ ജീവന് മറ്റൊന്നാകാൻ പറ്റത്തില്ല ബ്രഹ്മൻ ജ്ഞാനിയാകാൻ പറ്റത്തില്ല ബ്രഹ്മമാകാനും പറ്റും അതത് തന്നെയാണ് ആകുന്നെച്ചാൽ അത് തന്നെയാണ് അത് തസ്യാബി തദ്ഭാവാത്തിനനുഭവന അത് തന്നെ അതായിരിക്കും അത് സംഭവിക്കത്തില്ലോ അത് സംഭവിക്കത്തില്ല ഒന്ന് അത് മറ്റൊന്നും അത് അതായി തീരുക എന്നുള്ളത് സംഭവിക്കുന്നുണ്ട് ബ്രഹ്മൻ തന്നെയാണ് പിന്നെ ഇനി അതാകേണ്ട ആവശ്യം അജ്ഞനാണ് അതുകൊണ്ട് ഇനിയിപ്പോയി ബ്രഹ്മജ്ഞാനിയാകുക അത് സംഭവിക്കത്തില്ല എന്തായി പറയുന്നതിൻ്റെ താല്പര്യം താല്പര്യം നമുക്കറിയാം നവിദ്യാകൃത താതാത്മ്യ അപ്പോഹാരതാണ് ഇതുകൊണ്ട് ഇത്രേം സംഭവിക്കുന്നുള്ളൂ അവിദ്യാകൃതമായ ഈ താതാത്മ്യങ്ങളെ നിഷേധിക്കുന്നു ഞാൻ ബ്രഹ്മജ്ഞനാണോ എന്നൊരു താതാത്മ്യം വന്നാലോ എന്നാൽ അതിനെയും നിഷേധിക്കും തൻ ശരീരമാണ് എന്നൊരു താതാത്മ്യം വന്നാലോ അതും നിഷേധിക്കും തനജ്ഞനാണ് വിജ്ഞനാണ് അവിദ്യാകൃതമായ ഈ താതാത്മ്യങ്ങളെ നിഷേധിക്കുക അതിനു വേണ്ടിയിട്ടാണ് വിദ്യ വെളിച്ചത്തിനേറ്റ് ഇരട്ടിനെ അങ്ങോട്ടും മാറ്റിക്കളയാനേ പറ്റും അവിടെ പുതിയതൊന്നിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല വെളിച്ചം രണ്ടാമതൊന്നിനെ അവിടെ കൊണ്ടുവരുന്നില്ല കാരണം വെളിച്ച സ്വയം തന്നെ എന്താണ് വെളിച്ചമാണ് ഇരട്ടിനെ മാറ്റുക മറ്റൊന്നിനെ പ്രതിഷ്ഠിക്കുക അത് വെളിച്ചത്തിന് സാധ്യമല്ല എന്തുകൊണ്ട് വെളിച്ചത്തിന്റെ സ്വഭാവം അതിന്റെ സ്വരൂപം തന്നെ എന്താണ് ഇരട്ടിന്റെ നിരാകരണമാണ് അതാണ് അവിദ്യാകൃത താതാത്മ്യ അപോഹാർദ്ദത്വം അവിടെയാണ് സംശയം വരുന്നത് വീണ്ടും വികൽപ്പങ്ങൾ വരുന്നത് ബ്രഹ്മജ്ഞാനം വന്നില്ലല്ലോ എന്ന് പറയുന്നുാപ്തിരുപദേശത്തെ അധ്യാരോപിത അനാത്മന അപോഹാർഥ യാഹ്മവിദ്യ സ്വാത്മപ്രാപ്തി പറയുന്നു ബ്രഹ്മവിദ്യ കൊണ്ട് പരമാത്മപ്രാപ്തി സ്വരൂപപ്രാപ്തി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ താൻ വേറെ എന്തിനെങ്കിലും പോയി പ്രാപിക്കുന്നെന്നോ തന്നിൽ എന്തെങ്കിലും വിശേഷതകൾ സംഭവിക്കുന്നോ മറ്റുള്ളവർക്കില്ലാത്ത ഒരു പ്രത്യേക ജ്ഞാനം തനിക്കുണ്ടെന്നോ അങ്ങനെയൊന്നുമില്ല പിന്നെന്താ ഹി ബ്രഹ്മവിദ്യാ സ്വപ്നപ്രാപ്തിരുപദേശി അവിദ്യാകൃത അന്നമയാദിവിശേഷാത്മന അവിദ്യാകൃതമായ അന്നമയതി വിശേഷാത്മ അന്നമയാത്മ പ്രാണമയാത്മ മനോമയാത്മ ഇതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദമയാത്മ ആനന്ദം വരെയുള്ളവർ ഇനി ബ്രഹ്മജ്ഞാനം കൊണ്ടൊരുവൻ ആനന്ദത്തെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഏറെ ബ്രഹ്മാവിന്റെയും മറ്റും പോലെയുള്ള ആനന്ദത്തെ പ്രാപിച്ചു അവൻ ആനന്ദമയ ആത്മാവായി ഒരു വ്യത്യാസം ഈ അന്നമ്മ ആത്മാവായിരിക്കുമ്പോൾ ഇപ്പോതായി ശരീരത്തിൽ താരതമ്യപ്പെട്ടിട്ട് അന്നമ്മ ആത്മാവായിരിക്കും പുരുഷനെന്നോ സ്ത്രീയെന്നോ യുവാവെന്നോ വൃദ്ധനെന്നോ ഈ തരത്തിലെല്ലാം അന്നമയ ആത്മാവായിരിക്കും ഇതിൽ നിന്ന് വ്യത്യാസമൊന്നും സംഭവിക്കത്തില്ല ആത്മാവായാൽ അതാണ് ആത്മനിഷ്ഠയെന്ന് പറഞ്ഞാൽ അത് അന്നമായ ആത്മാവാകുന്നത് പോലെയുള്ളൂ എന്താണ് അകാമഹതത്വം അഭ്രജനത്വം ശ്രോത്രിയത്വം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആനന്ദമായ ആത്മാവായി ഇരിക്കാൻ കഴിഞ്ഞു അതൊന്നുമില്ലാതെ തന്നെ അന്നമായ ആത്മാവായിരിക്കാൻ പറ്റുന്നുണ്ട് രണ്ടുപേർ തന്നെയാണ് ഇതെന്താണ് അവിദ്യാകൃതമാണ് അന്നമയാദി വിശേഷാത്മം അതിന് ആത്മത്വന ആരോപിത ഇതെല്ലാമാണ് താനെന്ന് വിചാരിക്കുന്നത് ആനന്ദത്തെ അനുഭവിച്ചാൽ താൻ അനുഭവിച്ച ആനന്ദമാണ് താനെന്ന് വിചാരിക്കാതെ ആരോപിതമാണ് കല്പിതമാണ് ആനന്ദത്തെ അനുഭവിച്ചെന്ന് വലിയ ആനന്ദത്തെ പക്ഷേ താൻ അനുഭവിച്ച ആനന്ദമല്ല മർച്ചെന്താണത് ആരോപിതമാണ് അനാത്മന അതല്ല സ്വസ്വരൂപം അപ്പോഹാർത്ത അതിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ നിഷേധിക്കുന്നതിനാണ് ബ്രഹ്മവിദ്യ കൊണ്ട് ആത്മാവിനെ പ്രാപിക്കുന്നതെന്ന് പറയുന്നു ഇത്തരത്തിലുള്ള അജ്ഞാന സംശയങ്ങൾ ദൂരീകരിക്കുക എന്നേ ഉള്ളൂ അതിൻ്റെ താൽപ്പര്യം അതെന്താണ് അങ്ങനെ പറയുന്നത് കഥം ഏതം ഏവം അർത്ഥത അപഗമ്യത ഈ ഇതാണ് ഇതിൻ്റെ താൽപ്പര്യം എന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു വിദ്യ മാത്ര ഉപദേശ അതാണ് അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എന്താണ് തത്വജ്ഞാനത്തെയാണ് ഉപദേശിക്കുന്നത് ഇവിടെ ജപത്തെ ഉപദേശിക്കുന്നില്ല തപത്ത് ഉപദേശിക്കുന്നില്ല അഭ്യാസങ്ങൾ ഉപദേശിക്കുന്നില്ല യോഗത്തെ ഉപദേശിക്കുന്നില്ല സമാധി പരിശീലിക്കാൻ പറയുന്നില്ല ഒരു കാര്യങ്ങളും ഉപദേശിക്കുന്നില്ല കർമ്മയോഗത്തെ പറയുന്നില്ല ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഉപദേശിക്കുന്നുണ്ട് ശ്രുതി ആ ഓരോന്നിനും ഫലവും പറയുന്നുണ്ട് ശ്രുതി അനുഷ്ഠിക്കാൻ പറയുന്നു അതനുഷ്ഠിച്ചാലും ഫലമുണ്ടാവും സമാധി അനുഷ്ഠിക്കാൻ പറയുന്നുണ്ട് അത് സമാധി അനുഷ്ഠിച്ചു സമാധിയുടെ സുഖം കിട്ടും കർമ്മയോഗം ചെയ്യാൻ പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ ചിത്തശുദ്ധിയുണ്ടാവും തപസ് അനുഷ്ഠിക്കാൻ പറയുന്നു ചെയ്തു കഴിഞ്ഞാൽ പാപങ്ങൾ നശിക്കും ജപം അനുഷ്ഠിക്കാൻ പറയുന്നു ഈശ്വരപ്രസാദമുണ്ടാവും ഇത്തരം കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അത് ഓരോന്നിനും അതിന്റേതായ ഫലമുണ്ട് പക്ഷെ ഇവിടെ അതൊന്നും അല്ല പറയുന്നു വിദ്യ മാത്ര ഉപദേശ ഇവിടെ ആത്മതത്വത്വം മാത്രമേ ഇവിടെ പറയുന്നു അതുകൊണ്ട് മറ്റുപദേശങ്ങൾക്കെല്ലാം അതാത് ഫലങ്ങളുണ്ട് ആത്മവിദ്യ ഉപദേശത്തിന്റെ ഫലം എന്താണ് ഈ ആരോഗ്യതമായ സർവതിന്റെയും നിവൃത്തി അതാണ് വിദ്യായാസ ദൃഷ്ടം കാര്യം അവിദ്യ എന്ന് വൃത്തി വിദ്യയുടെ ഫലം പ്രത്യക്ഷമാണ് മറ്റതിൻ്റെയൊക്കെ ഫലം പ്രത്യക്ഷമാണല്ലോ ജപവും തപവും ഒക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ഫലം കാണുന്നു അതുപോലെ ആത്മവിദ്യയുടെയും ഫലം പ്രത്യക്ഷമാണ് ആത്മവിദ്യയുടെ ഫലം പ്രത്യക്ഷമാണെന്ന് പറയുമ്പോൾ അതെങ്ങനെ ഇരിക്കും വെളുത്തിരിക്കുമോ പടുത്തിരിക്കുമോ ആനന്ദമാണോ പരമാനന്ദമാണോ എന്താണ് ആത്മവിദ്യയുടെ ഫലം ആത്മവിദ്യയിൽ നിന്ന് എന്ത് ഫലമാണ പ്രതീക്ഷിക്കുന്നത് ആത്മവിദ്യയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാജിക്ക് അത്ഭുതം അതൊക്കെയാണല്ലോ ആകാശത്ത് നിന്ന് മോദനമെടുക്കുക ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ ഇതാണല്ലോ ആത്മവിദ്യയുടെ ഫലമായി നമ്മൾ പ്രതീക്ഷിക്കുന്നു പറയും അതിന്റെ ഫലം പ്രത്യക്ഷമാണ് എന്താണ് അതാരോടും ചോദിക്കേണ്ട കാര്യമില്ല അവിദ്യ എന്ന് വൃത്തി അതാണ് അജ്ഞാനം എന്ന് വൃത്തി അതാണ് ആത്മവിദ്യയുടെ ഫലം ആത്മവിദ്യ കൊണ്ട് സംശയം ആത്മതത്വത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ അജ്ഞാന സംശയങ്ങൾ അതില്ലാതായിത്തീരുന്നു ദൃഢനിശ്ചയം എന്ന് പറയുന്നു അതാണ് അതിന്റെ ഫലം അതെന്താണ് പ്രത്യക്ഷമാണ് സ്വാനുഭവമാണ് ആത്മതത്വത്തെ ശ്രവിക്കുന്നു മനനം ചെയ്യുന്നു ആത്മജ്ഞാനിയാണോ എന്നൊരു സംശയം വരുത്തില്ല ആർക്കും എന്തുകൊണ്ട് ആത്മതത്വത്തെ സംബന്ധിച്ച അജ്ഞാന സംശയങ്ങളോട് ദൂരീകരിച്ചിരിക്കുന്നു ദൂരീകരിക്കപ്പെട്ടാൽ അത് തന്നെയാണ് അതിൻ്റെ ഫലം എന്ന് പറയുന്നത് അതിനെയാണ് പറയുന്നത് ആത്മനിഷ്ഠ സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത് അത് തന്നെയാണ് നവിദ്യ എന്ന് വൃത്തി അജ്ഞാനം എന്ന് വൃത്തി അതാണ് അതിന്റെ ഫലമായി ആത്മവിഷയമായിട്ടുള്ള അജ്ഞാനമോ സംശയമോ ഒന്നും തന്നെ ശേഷിക്കുന്നില്ല ഇതിനപ്പുറം ഇനി എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് അത് അതെല്ലാം അജ്ഞാനകാര്യം എനിക്ക് ആനന്ദം വേണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണം എനിക്ക് മുക്തി നേരിട്ട് കാണണം അങ്ങനെ പലതും ഈശ്വരനെ നേരിട്ട് ദർശിക്കണം അതൊന്നും വിദ്യയുടെ ഫലമല്ല വിദ്യ ഉണ്ടെന്ന് ഇവിടെ ഉപദേശിക്കുന്ന വിദ്യ ഉണ്ട് ഇനി വന്നെ ഗണപതിയോ സരസ്വതിയോ ഒക്കെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വിദ്യകൾ വേറെ ഉണ്ട് ഉപാസനകൾ അത് ചെയ്താൽ മതി ഉപാസ്യ ദേവതയെ സാക്ഷാത്കരിക്കണമെങ്കിൽ അതിന് അനന്തമായ സാധനങ്ങളും അനന്തമായ ഫലവും ഉണ്ട് അതൊന്നും ഇവിടെ പറയുന്നു അതിനൊക്കെ താല്പര്യമുള്ളൂ അവർ കഥ വെച്ച് ഇവിടെ പറയുന്ന എന്താണ് വിവലമായ വിദ്യ എന്ത് വിദ്യ അജ്ഞാനത്തെ സംശയത്തെ ഇല്ലാതാക്കുന്ന ദൂരീകരിക്കുന്ന വിദ്യ ആ വിദ്യ തന്നിൽ ഫലിച്ചോ വിദ്യ ഫലിച്ചോന്ന് വെച്ചാൽ വിദ്യ തന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഫലം പ്രത്യക്ഷമാണോ എന്ത് ഫലം ആ വിദ്യ എന്ന് അവിദ്യ എന്ന് വൃത്തി അജ്ഞാനാശയം ഇതും ഏറ്റവും സ്പഷ്ടമായ കാര്യമാണ് പ്രകാശത്ത് സ്പഷ്ടമാക്കുന്നതിന് പ്രകാശത്തിന്റെ ആവശ്യമില്ല പ്രകാശത്ത് ഇരുട്ടില്ല എന്നറിയുന്നതിന് പ്രകാശത്തിന് മറ്റാരുടെയും സഹായം ആവശ്യം അത് സ്വയം തന്നെ അതിന് പര്യാപ്തമാണ് പച്ചയുഹ വിദ്യ മാത്രം ആത്മപ്രാപ്തവും സാധനവും ഉപദേശിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ ഈ ആത്മലബ്ധിക്ക് സാധനമായി വിദ്യയെ മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ വേറെന്തിനും ഉപദേശിക്കുന്നു വേദം വളരെ ബൃഹത്താണ് വേദത്തിൽ ഭൗതികവും ആത്മീയവുമായ ഫലത്തിനു വേണ്ടിയുള്ള നാനാ ഉപായങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട് വിധിക്കുന്നുണ്ട് അങ്ങനെയുള്ള വേദത്തെക്കുറിച്ചാണ് പറയുന്നത് ഇവിടെ ഈ സന്ദർഭത്തിൽ ആത്മാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ആത്മപ്രാപ്തിയാണ് ഫലമെന്ന് പറയുന്നു അതിന് കേവലം വിദ്യയെ മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ മറ്റൊരു സാധനങ്ങളെയും യാഗാദികളെയും ഉപാസനകളെയും ഒന്നും തന്നെ ഉപദേശിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ വിദ്യയുടെ ഫലം പ്രത്യക്ഷമാണ് അത് അജ്ഞാനനാശമാണ് വിദ്യ ഫലിക്കുന്നു എന്ന് പറയാൻ അവന് തത്വത്തെ സംബന്ധിച്ച് അജ്ഞാന സംശയങ്ങളില്ല എന്നേ അതിനർത്ഥമാണ് എന്ത് തത്വത്തെ സംബന്ധിച്ച് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് തന്നെ സംബന്ധിച്ചു അവിടെ അഹന്ത മമത എല്ലാം നിരാകരിച്ച് അജ്ഞാന സംശയങ്ങളെല്ലാം നിരാകരിച്ച് സ്വയം പ്രകാശിക്കുന്ന ആ തത്വം ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വിദ്യ മാത്രമേ ഉപകരിക്കൂ മറ്റൊന്നും ഉപകരിക്കത്തില്ല അതിന്റെ ഫലം പ്രത്യക്ഷമാണ് അതുകൊണ്ട് വിദ്യ എന്ന് വെച്ചാൽ ഞാൻ ജ്ഞാനത്തെ ഉപദേശിക്കുന്നതുകൊണ്ട് ഇവിടെ വിദ്യയുടെ ഫലമെന്ന് പറയുന്നത് എന്താണോ അജ്ഞാനനാശമാണ് അല്ലാതെ മറ്റൊന്നിന്റെയും പ്രാപ്തിയല്ല എന്തെങ്കിലും വന്നുചേരുന്ന അല്ല അത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആനന്ദം വരെ വർണ്ണിച്ചത് ആനന്ദം വരെ വർണ്ണിച്ചിട്ട് ആ ആനന്ദത്തെ നിഷേധിച്ചു ആനന്ദമയ കോശത്തിനപ്പുറമാണോ അല്ലെങ്കിൽ എന്തു ചെയ്യും ഇതിന്റെ പരമാവധി ഫലം ആനന്ദമാണ് എന്ന് ധരിച്ചു പോകും അപ്പോൾ എന്തോരാനന്ദത്തെ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് എന്ന് ധരിച്ചു നേടുന്ന ആനന്ദം പക്ഷേ വിദ്യയുടെ ഫലം അതല്ല അത് അജ്ഞാന എന്ന് ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാം